വിം വിശയാൻ തേദ വേദ സഹ ആത്മാവാസ്യദം വിശ്വം യത്കിജ് ജഗത്തേനുജീത മാ ഗൃധക് കം നശ്യ പശ്യന്ത ചക്ഷുര്യ്യ യുംവം സുപർണം ഉപധാവ് അഷ്ടമസ്കന്ധം ഭാഗവതത്തിൽ എല്ലാം കൊണ്ടും പ്രധാനമായ ഒരു സ്കന്ധമാണ് ഭാഗവതം സ്തുതി ഭാഗവതത്തിലെ ഗംഭീരമായ സ്തുതികളൊക്കെ ഈ സ്കന്ധത്തിലാണ് എട്ടാമത്തെ സ്കന്ധത്തിലാണ് അഷ്ടമസ്കന്ധം ആരംഭിക്കുമ്പോൾ മനു ഭഗവാനെ തപസ് ചെയ്യുന്നു മനുവിന് ഹൃദയത്തിൽ ഒരു ഉപനിഷത്ത് അനാവൃത്തമാവുന്നു ഉപനിഷത്ത് എന്ന് വെച്ചാൽ വാക്കിന് അർത്ഥം സദേ ഉപനിപൂർവസ് പ്രത്യയാന്ത രൂപം ഉപനിഷത് ഇതി ആചാര്യസ്വാമികൾ ഒരിടത്ത് അർത്ഥം പറയുന്നത് എങ്ങനെയാണ് സത് വിശരണഗതി അവസാ അവസാധനാർത്ഥ നിങ്ങൾ പേടിപ്പിക്കില്ല എളുപ്പത്തിലെ അർത്ഥം പറഞ്ഞാൽ അടുത്തിരുന്ന് കേൾക്കേണ്ടത് എന്നാണ് ആചാര്യനിൽ നിന്നും ഗ്രഹിക്കേണ്ട ബ്രഹ്മവിദ്യ എന്നർത്ഥം ബ്രഹ്മവിദ്യയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് സ്വാനുഭൂതി സ്വാനുഭൂതിയിൽ നിന്നും പറയുന്ന വാക്ക് ഉപനിഷത്ത് അത് ജ്ഞാനികൾ ആര് പറഞ്ഞതാണെങ്കിലും വേണ്ടല്ല പിന്നെ നമുക്ക് പത്ത് ഉപനിഷത്ത് എന്ന് പിരിച്ചിരിക്കുന്നു എന്തിനാന്ന് വെച്ചാൽ അപ്രാമാണികമായ ഉപനിഷത്തുകളെയൊക്കെ മാറ്റി നിർത്താനായിട്ട് ആചാര്യസ്വാമികൾ പത്ത് ഉപനിഷത്തെടുത്തു അല്ലെങ്കിൽ ഉപനിഷത്താണ് പ്രമാണം എന്ന് പറഞ്ഞാൽ ആളുകൾ ഉപനിഷത്ത് എന്ന പേരിൽ കുറെ ശ്ലോകമൊക്കെ എഴുതി വച്ചു അനേക ഉപനിഷത്തുകൾ അങ്ങനെയുണ്ട് എനിക്ക് വിഷ്ണുവാണ് പ്രധാനം പറയാനായിട്ട് അങ്ങനെ ഒരു ഉപനിഷത്ത് ശിവനാണോ പ്രധാനം പറയാനായിട്ട് ഒരു ഉപനിഷത്ത് ഗണപതിയാണോ പ്രധാനം പറയാനായിട്ട് ഒരു ഉപനിഷത്തൊക്കെ എഴുതി വെച്ചു യേശുക്രിസ്തുവിന്റെ പേരിൽ പോലും എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് കേൾക്കണേ അപ്പോ ഉപനിഷത്ത് എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യ എന്നർത്ഥം ഇവിടെ മനുവിന് ആത്മസാക്ഷാത്കാരം ഉണ്ടായി ആത്മാനുഭവത്തിനെ വിളിച്ചു പറയുകയാണ് ഏ നചേതയതേ വിശ്വം നമുക്ക് കാണുന്നത് എന്താ വിശ്വം പ്രപഞ്ചം വിഷ്ണു സഹസനാമത്തിൽ ഭഗവാൻ ആദ്യത്തെ നാമം വിശ്വം വിശ്വസ്മയി എന്താ നാമത്തിന് അർത്ഥം വിശ് എന്ന് വെച്ചാൽ പ്രവേശിക്കുക എന്നാണ് അർത്ഥം നാമരൂപാകൃതിയിൽ ഭഗവാൻ സ്വയം ആയി തീർന്ന് അതിലേക്ക് പ്രവേശിച്ചത് കൊണ്ടാത്രേ അന്യ വിശ്വം എന്ന് പേര് വന്നു വിശദേഹേ പ്രവേശനാത്ത് ഈ പ്രപഞ്ചരൂപത്തിൽ തത്സൃഷ്ട തദേവാണ് പ്രാവിശത്ത് അപ്പൊ വിശ്വം തന്നെ ഭഗവത് സ്വരൂപമാണ് വിശ്വം ഭഗവത് സ്വരൂപമാണ് എന്ന് വെച്ചാൽ വിശ്വത്തിനെ എങ്ങനെ അറിയുന്നു ഏത് പ്രകാശം കൊണ്ടാണ് വിശ്വം കാണപ്പെടുന്നത് ഒരു വൃദ്ധൻ ശങ്കരാചാര്യരോട് ചോദിച്ചു എന്താണ് പരമപ്രകാശം എന്ന് ചോദിച്ചു അപ്പൊ ആചാര്യസ്വാമികൾ തിരിച്ചദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ ലോകത്തിനെ കാണുന്നത് സംശയന്താ സൂര്യപ്രകാശം കൊണ്ട് കിം ജ്യോതിഹീത്തവ ഭാനുമാൻ അഹനിമേ പകൽ സമയത്ത് സൂര്യ വെളിച്ചം കൊണ്ട് കാണുന്നു രാത്രി രാത്രിയിലോ പ്രദീപാദിക്കം വിളക്കൊക്കെ കൊളുത്തിവെച്ച് കാണും ടോർച്ച് അടിച്ച് കാണും ആട്ടെ കിം ജ്യോതി അഖ്യാഹിത്തെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ എങ്ങനെ കാണുന്നു ചക്ഷുഹ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു തസ്യ നിമീലനാദിസമയേ കിം കണ്ണൊക്കെ അടച്ചിട്ട് രാത്രി കടന്നു ഉറങ്ങണല്ലേ സ്വപ്നം ക്ലിയറായിട്ട് കാണുന്നുണ്ട് കണ്ണൊന്നും വേണ്ട സ്വപ്നം കാണാൻ കണ്ണു വേണോ കണ്ണിട വേണോ സ്വപ്നം കാണാനായിട്ട് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിലും എന്തോ കണ്ണില്ലാത്ത ആളുകളും കാണും സ്വപ്നം ക്ലിയറായിട്ട് കാണും ഇരുട്ടില് കിടന്നാലും വെളിച്ചത്തിൽ കാണും സ്വപ്നം അതേത് വെളിച്ചം കൊണ്ട് കണ്ടു ധീഹി ബുദ്ധി കൊണ്ട് കണ്ടു എന്ന് ബുദ്ധിയെ ആര് കാണുന്നു ബുദ്ധിക്ക് ആര് സാക്ഷി ബുദ്ധിക്ക് ആര് സാക്ഷി എന്നുവെച്ചാൽ ബുദ്ധി ലയിച്ചിരിക്കുന്ന ഉറക്കത്തിലും ഏതൊരുത്തനുണ്ടോ അവനാണ് ബുദ്ധിയെ കാണുന്നത് ഇപ്പൊ ബുദ്ധിയും ഉറക്കത്തിൽ പ്രവർത്തിച്ചില്ല എന്ന് ആര് പറയണു ഞാൻ പറയണം തത്ര അഹം ഭ്യോതി ചോദ്യം ചോദിച്ചാൽ അതോട് ഗുരു പറയാണ് നീ തന്നെ ആ പരമജ്യോതി തത്വമസി പ്രഭോ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന പരമപ്രകാശം നമ്മളുടെ ഉള്ളിൽ ഞാൻ ഉണ്ട് എന്ന അനുഭവ രൂപത്തിൽ ഉണ്ട് ആ അർത്ഥത്തിലാണ് ഐ ആം ദ ലൈറ്റ് ഞാൻ വെളിച്ചമാവുന്നു ഉള്ള ചുമരിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും പോണ വഴിയില്ല വായിക്കാം ഞാൻ വെളിച്ചമാവുന്നു എന്ന് വെച്ചാൽ ചരിത്രകാലത്ത് എവിടെയോ ഒരു ജനിച്ച ഒരു ക്രിസ്തു വെളിച്ചമാണെങ്കിൽ നമ്മുടെ വെളിച്ചത്തിന് എവിടെ പോകും ഇരുട്ടിൽ തന്നെ ഇരിക്കണം ഞാൻ വെളിച്ചമാവണമെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഉള്ളിലും ഞാൻ ആത്മാവായ ഞാൻ പ്രജ്ഞയായ ഞാൻ ബ്രഹ്മമായ ഞാൻ ഭഗവാനായ ഞാനാണ് വെളിച്ചം ആ വെളിച്ചം കൊണ്ടാണ് വിശ്വം മുഴുവൻ പ്രകാശിപ്പിക്കപ്പെടുന്നത് പ്രപഞ്ചമുണ്ട് എന്നറിയണത് ചൈതന്യത്തിൻ്റെ പ്രകാശം കൊണ്ടാണ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ആര് കാണും ഈ മൈക്കിന് മൈക്കുണ്ട് എന്ന് അറിയില്ല ഞാൻ മൈക്കാണ് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അതിനറിയില്ല അതുകൊണ്ട് അതിന് നമ്മളൊക്കെ ഉണ്ട് എന്നറിയില്ല എനിക്ക് ഞാൻ ഉണ്ട് എന്നറിയണു നിങ്ങൾ ഓരോരുത്തരും ഉണ്ടെന്ന് ഞാൻ കാണുകയും അറിയുകയും ചെയ്യുന്നു ഏതൊന്നിന് തന്റെ അസ്തിത്വത്തിന്റെ അനുഭവമുണ്ടോ അതിനാണ് പ്രപഞ്ചാനുഭവം പ്രപഞ്ചാനുഭവത്തിന്റെ അധിഷ്ഠാനം സ്വാനുഭൂതിയാണ് അപ്പൊ പ്രപഞ്ചം മുഴുവൻ ഏതൊന്നുകൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്നു തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാഷാ സർവമിതം വിഭാതി അത് പ്രകാശിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളതൊക്കെ പ്രകാശിക്കുന്നു അതെന്താ പ്രകാശം അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണെന്നു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമടവ് ആനന്ദമെന്തു അർക്കൻ അനതൻ മുതലായിട്ടുള്ളതുകളൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട് ഈ പ്രപഞ്ചത്തിനെ കാണുന്ന ഭൗതികമായ രണ്ട് കണ്ണുകൾ ഈ കണ്ണിന് കണ്ണ് മനവാകുന്ന കണ്ണ് മനസ്സില്ലെങ്കിൽ ഈ കണ്ണുണ്ടായിട്ടും പ്രയോജനമില്ല അതിന് കണ്ണായിരുന്ന പൊരുൾ താൻ എന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു നാരായണ അതാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന പരമപ്രകാശം ആ പരമപ്രകാശം പ്രപഞ്ചമില്ലാത്ത അവസ്ഥയിലും ഉണർന്നിരിക്കും യോ ജാഗർ രണ്ടു തരത്തില് ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിനെ പ്രകാശിപ്പിക്കുന്നു സ്വപ്നവുമില്ലാത്ത ഒരു ഉറക്കമുണ്ട് നമുക്ക് ദിവസം രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെയും കിടക്കയിലിരുന്നു അങ്ങോട്ട് നോക്കാം കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെയായിരുന്നു എന്തായിരുന്നു അവസ്ഥ ദിവസം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് പതുക്കെ പതുക്കെ പതുക്കെ ദർശനം കിട്ടും ശരീരമില്ല വ്യക്തിത്വമില്ല സുഖമായി ഉറങ്ങി നിന്നൊരു തോന്നല് അവിടെ ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തിത്വവും ഇല്ല എഴുന്നേറ്റ വീണ്ടും അങ്ങോട്ട് പോവാൻ ഒരാകർഷണം അവിടെ പോയി ഞാനില്ലാതിരിക്കാൻ ഒരാകർഷണം ദിവസമുണ്ടോ നമുക്ക് ആ സുഷുപ്തി അവസ്ഥയിലും ഏതൊരുത്തൻ ഉണർന്നിരിക്കുന്നുവോ യോ ജാഗർത്തി യസ് സുപ്തേഷു ജാഗർ കാമം കാമം പുരുഷോ നിർമ്മിമാണഹം തദേവ ശുക്രം തദ് തതേവ അമൃതമുച്ചതേ തസ്മിൻ ലോകാഹിതം തതു അത്യേതികശന ഏതദ്വൈ തത് ഇത് തന്നെ അത് എന്നാണ് അത് തന്നെ ഇത് ഏത് യസ് സുപ്തു ശരീരം ഉറങ്ങിക്കിടക്കുമ്പോ മനസ്സ് അടങ്ങിക്കിടക്കുമ്പോ യോ ജാഗ്ര ഏതൊരുത്തൻ ഉണർന്നിരുന്നു കൊണ്ട് ഉറക്കത്തിനെയും കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് എല്ലാവർക്കും ദിവസവും അനുഭവവേദ്യമായ വിഷയം സപ്താഹം കേട്ടുകൊണ്ടേയിരിക്കുമ്പോ ചിലപ്പോ സപ്താഹം മറിഞ്ഞു പോവും അടുത്തിരിക്കുന്ന ആളുകളും മറിഞ്ഞു പോവും ഒരു സെക്കൻഡ് നേരത്തേക്ക് അതിനേരത്തേക്ക് ഒന്ന് പോയിട്ട് വന്നാൽ ഫ്രഷായി അവിടെ എല്ലാത്തിനെയും നമ്മളെ വീണ്ടും ഊർജസ്വലരാക്കാൻ വേണ്ടിയുള്ളതൊക്കെ അവിടെ ഉണ്ടോ എല്ലാവരുടെ ഉള്ളിലുണ്ട് എനർജി അവിടെ ഒന്ന് പോയിട്ട് വന്നാൽ ഫ്രഷായി അധിക സൂക്കേടുകൾ ഉറങ്ങിക്കഴിഞ്ഞാൽ മാറും ഡോക്ടർമാരൊക്കെ എന്താ ചെയ്യണം പലതും ഭ്രാന്തൊക്കെ നല്ല കിറുക്ക് പിടിച്ച ആളുകൾക്ക് കാര്യമായി മരുന്ന് ഉറക്കാണ് മരുന്ന് കൊടുത്ത് കുറേ ദിവസം ഉറക്കിക്കഴിഞ്ഞാൽ ശരിയാവും എല്ലാ കൃറുക്കും മാറ്റാനുള്ള മരുന്ന് ഹൃദയത്തിലുണ്ട് തമിഴിൽ ഒരു പാട്ട് എടുക്കുന്നത് നന്ദനാർ ചരിത്രത്തിലെ പിത്തം തെളിയ മരുതൊണ്ടിരിക്കരുത് ുള്ളേ മരുന്ന് തിത്തം തെളിയ മരുന്ന് അല്ല മനം ഇല്ലാതെ അടിമി പിത്തം തെളിയ മരുതൊൻക്ക് എന്താ ചരിത്രത്തിലെ പാട്ട് ഒരേ ഒരു മരുന്ന് തനക്ക് പാമ്പു പുലിയും പാടുപെട്ട് തേടി പാത്തു പയരിട്ടത് പാർവതി സീമാട്ടിയതിൽ പാതിയെ തണ്ട് ഇന്നും പാതിരുക്ക് പറയാ പോയി പാര തരം താറും താറും ഒരേ മരുന്ന് ഹൃദയത്തിലെ ഹൃദയത്തിലും പൈതൃം പറ്റി പയനറും അരുമരു അരുൾവായി പൈതൃ മരുതായ പാരോളി അരുണ പർവത ഉരുപെറും പരനേ അപ്പോ മനസ്സു തന്നെ പ്രാന്താനേ മനസ്സിനു മറ്റൊരു പേരാണ് പ്രാത് മൈൻഡ് ഇസ് മാഡ്നസ് മനസ്സ് പെരുക്കുന്തോറും ഭ്രാന്താവും നമുക്ക് മനസ്സ് കുറയുമോറും നമ്മൾ കൂടുതൽ കൂടുതൽ കൂടുതൽ വ്യക്തബുദ്ധിയുള്ളവരായിരിക്കും മനസ്സോടുകൂടെ ഇരിക്കുന്നത് നമ്മളുടെ സ്വഭാവമേ അല്ല മനസ്സില്ലാതെ ഇരിക്കുന്നതാണ് നമ്മളുടെ യഥാർത്ഥ സ്വഭാവം ചിത്തവൃത്തികളില്ലാതെ ഇരിക്കുന്നതാണ് നമ്മളുടെ യഥാർത്ഥ സ്വഭാവം അപ്പൊ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഏതൊരു ചൈതന്യം ഉണർന്നു കിടക്കുന്നു അതാണ് ആത്മാ സുഷുപ്തി അവസ്ഥയില് നമ്മളാരും രാജാവ് രാജാവല്ല ഭിക്ഷക്കാരൻ ഭിക്ഷക്കാരനല്ല മന്ത്രി മന്ത്രിയല്ല സ്ത്രീ സ്ത്രീയല്ല പുരുഷൻ പുരുഷനല്ല ബ്രാഹ്മണനില്ല ശൂദ്രനില്ല ഉറക്കം എല്ലാവരുടെയും ഉറക്കം ഒരേപോലെ ഉണർന്നു കഴിഞ്ഞാൽ എല്ലാ ഭേദവും പൊന്തി ആ ഉറക്കത്തിൽ ശരീരം മനസ്സും ഒന്നുമില്ല പക്ഷെ ആത്മാ ഉണ്ട് ആത്മാവിൽ നിന്നും പൊന്തുന്നു ഈ പ്രപഞ്ചം അപ്പൊ പ്രപഞ്ചം എന്താണ് ആത്മാ തന്നെ ആത്മാവിൽ നിന്ന് വേറെ എന്ത് പൊന്തും ആത്മാവിൽ നിന്ന് പൊന്തുന്നതൊക്കെ ആത്മാ തന്നെ സമുദ്രത്തിൽ അലയുണ്ടാവുന്നു കുമിള എന്തൊക്കെ തന്നെ ഉണ്ടായാലും വാസ്തവത്തിലൊക്കെ എന്താ സമുദ്രമല്ല ജലം സമുദ്രമെന്ന് പറഞ്ഞാലും ഭേദമുണ്ട് സമുദ്രവും ജലമാണ് അലയും ജലമാണ് കുമിളയും ജലമാണ് ജലം എന്ന ഭാവത്തോടുകൂടെ നോക്കിയാൽ സമുദ്രമാണെങ്കിലും അലയാണെങ്കിലും കുമിളയാണെങ്കിലും വസ്തു ഒന്ന് തന്നെ അപ്പോ ഉള്ളിൽ നമ്മുടെ സ്വരൂപമായി ഏതൊരു ബോധമുണ്ടോ ആ ബോധമാണ് പ്രപഞ്ചാകാരത്തിൽ പരിണമിച്ചു ഈ തത്വസാക്ഷാത്കാരം മനുവിനുണ്ടായപ്പോ മനു ഉപനിഷത്ത് മന്ത്രത്തിനെ അല്പമൊന്ന് മാറ്റിച്ചൊല്ലി ഉപനിഷത്ത് ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞു മനു അതിനെ ആത്മാവാസ്യമിതം വിശ്വം യജ്ഞ ജഗത്യാം ജഗത് എന്ന് പറഞ്ഞു ഈ ജഗത്തിനെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കുക േന തെറ്റേന ഭുജീതാഹ ത്യാഗം കൊണ്ട് ഭോഗം എന്തിനെ ത്യജിക്ക എന്തിനെ ത്യജിക്കും നാമരൂപത്തിനെ ത്യജിക്ക ശങ്കരാചാര്യ സ്വാമികൾ അപരോക്ഷാനുഭൂതിയിൽ പറഞ്ഞു ഒറ്റ ത്യാഗമേ പറ്റുകയുള്ളൂ എന്നാണ് പ്രപഞ്ചത്തിനെ ത്യജിക്കണം എങ്ങനെ ത്യജിക്കും ചിലർക്ക് കാഷായം എടുത്താൽ ലോകത്തിനെ വിട്ടു എന്ന് പറയും ലോകം അങ്ങനെയൊക്കെ വിട്ടുപോകാൻ പറ്റുമോ ലോകത്തിനെ എവിടെ വിടും തല്ലിപ്പൊളിച്ച് കിണറ്റിലിടാൻ പറ്റുമോ ലോകമെന്താ അങ്ങനെ ഒരു സാധനമാണോ ലോകത്തിനെ എങ്ങനെ ഉപേക്ഷിക്കും ത്യാഗ പ്രപഞ്ചരൂപസ് ത്മത്വ അവലോകനാത്ത് ത്യാഗോഹി മഹതാം പൂജ്യ സദ്യോ മോക്ഷമയോ വിദുഹൂന്ന് ഇപ്പൊ തന്നെ മോക്ഷം കിട്ടും എങ്ങനെയാണെങ്കിൽ വെച്ചാൽ പ്രപഞ്ചരൂപ ത്യാഗ്രപഞ്ചത്തിനെ പ്രപഞ്ചമായിട്ട് ത്യജിച്ചു ഭഗവാനായിട്ട് എടുത്തു പ്രപഞ്ചത്തിനെ ഭഗവത് സ്വരൂപമായിട്ട് കാണുമ്പോ പ്രപഞ്ചത്തിന് വിട്ടു അപ്പൊ പിന്നെ ജഗൻ മിഥ്യ എന്ന് പറയേണ്ട ആവശ്യമേ അവിടെ ജഗത്ത് നാരായണനാണ് വിശ്വം ഭഗവത് സ്വരൂപമാണ് സ്ഥൂലമായ ഭഗവാന്റെ ശരീരമാണ് വിശ്വം അപ്പൊ ഇവിടെ മിഥ്യ എന്ന് പറയേണ്ട ആവശ്യമില്ല ജഗത്ത് തന്നെ ഭഗവത് സ്വരൂപമാണ് കാണുന്നതൊക്കെ പരമാത്മ സ്വരൂപമാണ് അപ്പൊ ജഗത്തിനെ വിട്ടുകഴിഞ്ഞു സ്ത്രീ സ്ത്രീ അല്ല പുരുഷൻ പുരുഷനല്ല അതാണ് ത്യാഗം രാമകൃഷ്ണ പരമവംസർ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു ഭക്തൻ കൂടെ മാസ്റ്റർ ഒരു ഭക്തൻ രാമകൃഷ്ണദേവനെ കൂടെ കൂട്ടിക്കൊണ്ടു ഒരു വേശ്യ സ്ത്രീ അവിടെ അറിയപ്പെടുന്ന ഒരു സ്ത്രീ അവൾ തെരുവിലൂടെ പോകും ഈ ഭക്തൻ രാമകൃഷ്ണദേവൻ ആ സ്ത്രീയെ കാണാതിരിക്കാനായിട്ട് വേറെ വഴിക്ക് കൊണ്ടുപോകാൻ നോക്കിയപ്പോ ആ സ്ത്രീയെ ദൂരത്തുനിന്ന് രാമകൃഷ്ണദേവൻ കണ്ടു അവരെ അടുത്ത് വിളിച്ചു വർത്തമാനം കുശല പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു അവര് എന്നിട്ട് പറഞ്ഞു വെച്ചു ഈ ഭക്തൻ രാമകൃഷ്ണദേവനോട് പറയാം അവൾ നല്ല സ്വഭാവമുള്ള സ്ത്രീയല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ സമാധിഷ്ഠിതനായി എന്താ രാമകൃഷ്ണദേവൻ പറഞ്ഞു അവളെക്കുറിച്ച് ആലോചിച്ചോടനെ എനിക്ക് സീതയെ ഓർമ്മ വന്നു ഇതാണ് പ്രപഞ്ചത്യാഗം എന്നുവെച്ചാൽ പ്രപഞ്ചത്തിനെ പ്രപഞ്ചാകാരത്തിൽ ത്യജിച്ചു നേരെ എന്താ നമ്മൾ വിചാരിക്കണത് അത് നല്ല ആള് ചീത്ത ആൾ പറഞ്ഞു നമ്മൾ എന്തോ ബുദ്ധിശാലികളായിട്ടൊക്കെ വേർതിരിച്ചറിയാണെന്നാണ് വിചാരിക്കുന്നത് എന്താ സംഭവിക്കണത് നമ്മൾ പോരാ ആളെ ദുഷിച്ച സ്വഭാവമുള്ള ഒരു സ്ത്രീ എന്ന് കാണുമ്പോൾ ആ സ്വഭാവം എന്നിലാണ് ജനിച്ചത് ഞാൻ ആ സ്ത്രീ ആവുകയാണ് അപ്പൊ അവൾക്കൊന്നും അറിയാല അവളെവിടെയോ പച്ചക്കറി വാങ്ങിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ അങ്ങനെ കണ്ടു കണ്ട ഉടനെ ആ ഭാവം എന്റെ ഉള്ളിൽ ജനിച്ചു കഴിഞ്ഞു ഞാൻ അപ്പൊ അവളാണ് ഞാൻ എന്ത് നിഷേധിക്കുന്നു അത് ഞാനായി ഈ ഭാവത്തിനെ ത്യജിക്കുന്നതിനാണ് സന്യാസം എന്ന് ആചാര്യസ്വാമി പറഞ്ഞു ബ്രഹ്മാത്മത്വ അവലോകന സർവം ഖലുവിധം ബ്രഹ്മ സന്യാസം അതെങ്ങനെ അതിനാണ് ഈ ഭക്തൻ ഇത്രയധികം ദൈവങ്ങളെ നമുക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് കുട്ടികളെ കാണുമ്പോൾ കൃഷ്ണൻ തോന്നണം ഒരു പുരുഷനും സ്ത്രീയും കൂടെ പ്രിയമായിട്ട് നടക്കുന്നത് കാണുമ്പോ ആളുകൾ ഉടനെ ഇങ്ങനെ നോക്കും അവരുടെ തലയിലെഴുത്ത് അവരെന്തോ ചെയ്യണോ അവരുടെ പ്രാരബ്ദം എന്തോ അനുഭവിക്കാൻ പോണോ നമുക്ക് എന്ത് വേണം അല്ലേ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം അത് രാധാകൃഷ്ണൻ എന്ന് ഭാവം വന്നാൽ നമ്മളുടെ ചിത്രത്തിലെ സമാധാന ഭഗവത്ഭാവമായി ഓരോരുത്തരെയും നമുക്ക് ഇത്രയധികം ദേവതാഭാവങ്ങൾ ഉണ്ടായിരിക്കുന്നത് മനുഷ്യരിൽ ഈ ഭാവ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാ സകലതും ഭഗവത് സ്വരൂപം എന്ന് കാണാമെങ്കിൽ നമുക്ക് ഒരിടത്തു നിന്നും ഒരു വിഘ്നം ഉണ്ടാവില്ല സകലതും ആത്മാവിനെ കൊണ്ട് മൂടുക മറയ്ക്കുക അതാണ് ത്യാഗം അതാണ് സന്യാസം എന്നാണ് സകലതയും ഭഗവത് സ്വരൂപമായി കാണലാണ് സന്യാസം അപ്പൊ രക്ഷപ്പെട്ടു ഇങ്ങനെ മനു ഒരു സ്തുതി അത് കഴിഞ്ഞ് അടുത്തത് ഏറ്റവും പ്രധാനമായ ഒരു ഉപാഖ്യാനം ഗജേന്ദ്രമോക്ഷം അത് ഒരു അധ്യായം വായിച്ചിട്ട് കാണാം സർവത്ര ഗോവിന്ദനാമസീർത്തനം നരത്വം ദേവത്വം നഗവന മൃഗത്വം അശകഥാം പശുത്വം കീടത്വം വിഹഗത്വാദിജനം സദാ ത്വദാബ്ജസ്മരണപരമാനന്ദലഹരി വിഹാരാസക്തം ചേ ഹൃദയവിഹ കിം തേന വപുഷ മനുഷ്യനായിട്ട് ജനിക്കണം എന്ന് പോലും നിർബന്ധമില്ലാന്ന ഭക്തിക്ക് അത്ര സൗലഭ്യം മനുഷ്യനായാലും വേണ്ടില്ല ദേവനായാലും വേണ്ടില്ല മൃഗത്വം മൃഗമായാലും വേണ്ടല്ല മശകഥ ഇറങ്ങിയിറങ്ങി വന്നു ആചാര്യസ്വാമികൾ കൊതുകായാലും വേണ്ടില്ല ഒരു കൊതുകിനു ഭക്തി വന്നാൽ കൊതുക് രക്ഷപ്പെടും സത്സംഗത്തിൽ കൊതുക് നല്ല കാര്യം ചെയ്തിട്ട് പോകും ഉറങ്ങണവരെ എണീപ്പിച്ച് വിട്ടിട്ട് പോകും മശകത്വം വാഭവതു ഏത് മൃഗമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഭഗവാന് എല്ലാത്തിലും വസ്തു ഒന്നാണല്ലോ നമ്മുടെ മനുഷ്യ ഒരിക്കൽ കുറെ കുരങ്ങുകൾക്ക് ആത്മതത്വം ഉപദേശിച്ചു ഒരു കുരങ്ങ് മരിച്ചു ആരോ കല്ലെറിഞ്ഞു കുരങ്ങ വീണു മരിച്ചു കുരങ്ങിന്റെ അടുത്ത് ഇരുന്നു പറഞ്ഞു കുരങ്ങുകൾ ഒക്കെ ദേഹത്തിന് ചുറ്റും വന്നിരുന്നു കരയാണ് എല്ലാവർക്കും പെറന്തവാളക്കെല്ലാം ഇറപ്പുണ്ട് കല്ലെറിഞ്ഞവ ഇറപ്പുണ്ട് ശരീരത്തിക്ക് തന്നെ മരണം വെച്ചവർ ആത്മാക്ക് മരണം കിടിയെല്ലാം കുരങ്ങു ഉപദേശം ആരോ ചെന്ന ഭഗവാനേ കുറങ്ങുക്കെല്ലാം പുറമോ ഉൽ ഉം പുരില്ലയോ അത് ഉള്ള ചില പേർ പുരിഞ്ഞുക്ക എത്തിനാലേ ഇല്ല ഹൃദയത്തിനാലും അത് മാറി അതും പുരിച്ചു അത് പുരി നെമ്മദിയാ പോയി എന്താണി പുരിഞ്ഞു ചല്ല മുട എന്തെ എന്താ പാമ്പ് മാത്ര ഇത് തകതി നമ്മള കണ്ടുപിടിക്കേ മുടിയെ അതിനാൽ തന്നെ അധികാരവാദികളെ അധികാരവാദത്തെ ജ്ഞാനികളെ ഏത് അധികാര നമ്മ എ കണ്ടുപിടിപ്പം ഇന്നവാധികൾ അധികാരതാ ഉപദേശം പണമികളെ എപ്പി തെരിച്ച ഭഗവാനിക്ക് താല്യ അധികാരങ്ങൾ പരമ ദുരാചാരളാർക്കോ അധികാരളാർക്കുള്ള എങ്കോ അധികാരം പക്വത്തെ സദാചാര നമ്മ നെച്ചിട്ട് അനധികാരളാർക്കു പുറവേ മാട്ടേങ്ക അപ്പൊ ഈശ്വരക്ക് താ യാരി യാരു അധികി ഇല്ലേങ്ക ജീവനോട് എവല്യൂഷനേ ഗൂഢമാക്ക് അതിനേഡർ എങ്കിൽ ഒരു ആന കഥയാണ് കുഴക്ക് കഥയും നെച്ചൂട കുട്ടികൾക്കൊക്കെ ഉള്ള ചിത്ര കഥയിലൊക്കെ ഉള്ള പോലെയോ നായും പൂച്ച ഒക്കെ വർത്തവനും വരണ പോലെയോ എല്ലാം നമ്മളാണ് ആന നമ്മളുടെ അഭിമാനമാണ് ആന അതിനാണ് ഈ കഥ പറയുന്നത് ത്രികൂട പർവ്വതത്തിലും അനേകം ജന്തുക്കൾ അവിടെ ഒരു ആനക്കൂട്ടം ആ ആനക്കൂട്ടത്തിന് ഒരു ലീഡർ ഗജേന്ദ്രൻ സാധാരണ സിംഹത്തിനാണ് മൃഗേന്ദ്രൻ എന്ന് പേരിവിടെ ഗജേന്ദ്രൻ ആന ഈ ആനക്കൂട്ടത്തിനെ നയിച്ചുകൊണ്ട് ഈ ആന ഗജേന്ദ്രൻ കാട്ടിൽ വസിക്കുന്നു ഒരിക്കൽ വെള്ളം അന്വേഷിച്ച് ആനകൾ കാട്ടിലൂടെ നടന്ന് ഒരു സരസിലെത്തി ആ സരസിലേക്ക് ഇറങ്ങി ധാരാളം ജലം സുഖമായി ജലം കുടിച്ചു പരസ്പരം ജലമെറിഞ്ഞ് കളിച്ചു സ്വപുഷ്കരേണോദ്ധൃതശീകരാം ഭുപി നിപായയൻ സംസ്നപയൻ യഥാഗ്രഹീ ഘൃണീകരേണു കളഭാംശ ദുർമ്മോ നാചഷ്ടകൃഷുറും കൃപണോ അജമായയാ ഈ ലോകത്തിൽ ജനിച്ചിട്ട് ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കാതെ ജീവിച്ച് മരിച്ചു പോകുന്നവരാണ് കൃപണന്മാരെന്ന് പറയുന്നത് ഏത് തത്വം അജ്ഞാത്വാ അസ്മാത് ലോകാദ്യ പ്രയതീസ കൃപണ കൃപണനായ മനുഷ്യൻ കുടുംബം പലവിധ പ്രവ പ്രവൃത്തികൾ കർമ്മങ്ങൾ ഇതിലൊക്കെപ്പെട്ട് ഹാ ഞാൻ സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കും പാമ്പിന്റെ വായിലിരിക്കുന്ന തവള ഈച്ചയെ പിടിച്ച് തിന്നാം സുഖമായിട്ടിരിക്കണം മുകള് മലയിൽ നിന്നും ചുവട്ടിലേക്ക് ഒരാൾ വീണു പിടികിട്ടിയത് ഒരു വള്ളിയിൽ ആ വള്ളിയെ ഒരു എലി കറണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എപ്പോ ആ വെള്ളി പൊട്ടി ചുവട്ടിൽ വീഴാം ചുവട്ടിൽ അഗാധമായ കുഴി മരിച്ചാൽ കഴിഞ്ഞു മുകളിലൊരു സിംഹം കാത്തുകൊണ്ട് നിൽക്കുന്നു മുകളിൽ കയറാനും പറ്റില്ല അതിന്റെ നടുവിൽ ഇത്തിരി തേൻ ഇങ്ങനെ ചൊട്ടണ്ടെന്ന് ആവ് നീട്ടി കുടിക്കാത്ത ഇതാണപ്പോ ചെയ്യണത് പറഞ്ഞാലോട്ടും മനസ്സിലാവൂല ഇതൊക്കെ പോലും എന്റർടൈൻമെന്റ് ഭാഗവതമൊക്കെ നന്നായിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതം വേറെ ഞങ്ങൾക്ക് എത്ര സീരിയസ് മാറ്റർ ഇരിക്കണോ എത്ര കാര്യങ്ങൾ ഇരിക്കണു എടുക്കണം കൊടുക്കണം പഠിക്കണം പണം സമ്പാദിക്കണം ഇതിനിടയിൽ ആ ഭാഗവതം അദ്ദേഹം എന്തോ പറയുന്നുണ്ടല്ലോ നമ്മൾ ഇത്തിരി കേട്ട് ആർക്കും സത്യം വേണമെന്നുള്ളവർ വളരെ കുറവ് അധികം പേരും വെറും ഒരു ചൊറിച്ചല് പോലെ തിരിച്ചൊറിയുമ്പോ ഒരു സുഖമുണ്ടല്ലോ അതുപോലെ എന്തോ ഒന്ന് കേട്ട് കളയാ എന്നാണ് ഇതിന്റെ സീരിയസ്നെസ്സേ ഇല്ലാന്ന് എന്തിനാണ് ഈ ഭാഗവതം നമുക്കൊക്കെ എന്റർടൈൻമെന്റിനും ഉച്ചയ്ക്ക് ചാപ്പാട് തരാനുമാണോ വ്യാസഭഗവാൻ ഭാഗവതം എഴുതിയത് അല്ല സപ്താഹക്കാർക്ക് പഴപ്പിനോ വന്ന കാര്യം മറന്നുപോയി വേറെ എന്തിലോ കളിക്കുമ്പോഴാണ് കൃപണൻ എന്ന് വിളിക്കുന്നത് വന്ന കാര്യം മറന്നു അപ്പാടെ വിസ്മരിച്ചു പാടെ വിസ്മരിച്ച് പല ന്യായീകരണങ്ങളും പറയണമെന്നാണ് ഭാഗവതം കേട്ടൂടെ പഠിച്ചൂടെ കുറച്ച് ഭഗവത് അഭിമുഖമായിട്ട് തിരിഞ്ഞു അത്ര ഒന്നും ഇപ്പൊ സമയമില്ല ഞങ്ങൾക്ക് വേണമെന്നുണ്ട് സിൻസിയറായിട്ട് വേണമെന്നുണ്ട് ഇപ്പൊ ജോലിയുണ്ട് കുട്ടികളുണ്ട് കുടുംബമുണ്ട് എത്ര കാര്യങ്ങൾ കിടക്കണോ അതിനിടയിൽ ഇതിനൊക്കെ എവിടെ സമയം അവരുടെ ആർഗ്യുമെന്റ് അവര് വിചാരിക്കുന്നത് വളരെ നല്ല എക്സ്ക്യൂസാണെന്നാണ് പക്ഷേ ഇവിടെ ഈ വള്ളി എപ്പോഴാണ് പൊട്ടുക എന്നറിയില്ല ചുവട്ടിലേക്ക് എപ്പോ വീഴും എന്നറിയില്ല അപ്പൊ സീരിയസ്നെസ് ഇല്ലാതെ എനിക്കാണ് അതാണ് അസാമാന്യ ധൈര്യം എന്ന് പറയുന്നത് ഭദ്രഹരി നല്ല ധൈര്യം ഉണ്ടെന്ന് മഠകന്റെ ധൈര്യം ഈ ആന വെള്ളത്തിൽ കളിക്കണത് കാണുമ്പോ ശ്രീശുഖബ്രഹ്മ മഹർഷി പറയാണ് ഇതാണ് കൃപണോ അജമായയാ നാചഷ്ട ഇയാൾ അറിഞ്ഞില്ല എന്തറിഞ്ഞില്ല എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ ആരാ ഉള്ളത് അറിഞ്ഞില്ല എന്നാണ് കാലിൽ പിടിക്കുമ്പോഴേ അറിയുള്ളൂ കുറെ കഴിഞ്ഞപ്പോ കാലിൽ എന്തോ ഒരു തടസ്സം എന്തോ കുടുങ്ങിയിരിക്കണം പിടിച്ചിരിക്കണം എന്താ അത് അല്പമൊന്ന് കാലൊന്ന് വലിച്ചു നോക്കി അനക്കല്ല മറ്റേ കാലുകൊണ്ട് ഇരട്ടി നോക്കിയാൽ ഒരു മുതല കാലൊന്ന് കുറഞ്ഞു നോക്കി അനങ്ങാൻ വയ്യ മറ്റാനകളൊക്കെ ചോദിച്ചു എന്ത് പറ്റിയും ചോദിച്ചു ഏ സാരില്ല ഒരു കൊച്ചു മുതല ഒന്ന് വലിക്കട്ടെ എന്നൊന്ന് വലിച്ചു നോക്കി അനക്കല്ല കുടുംബത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിഷമം വരുമ്പോ നമുക്ക് ധാരാളം ആളുകൾ സഹായിക്കാനുണ്ട് എന്റെ ബലമുണ്ട് എന്ന ആദ്യത്തെ വിശ്വാസം അതുകൊണ്ട് എന്നെ ആര് സഹായിക്കുമെന്നും വേണ്ട ഞാനൊന്ന് വലിച്ച പോന്നോളും വലിച്ചു നോക്കി രക്ഷയില ആ പിടിയാനകളോട് പറഞ്ഞു ഒന്ന് ഒന്ന് സഹായിക്കൂന്ന് പറഞ്ഞു പിടിയാനകൾ വലിച്ചു നോക്കിയിട്ടൊന്നും രക്ഷയിലാകും വലിയ വലിയ കൊമ്പനാനകൾ വിളിച്ചു അവരോരോരുത്തരായിട്ട് വലിച്ചു രക്ഷയിലെയാണ് ഇപ്പൊ എന്തായി പിടിയാനകൾ വലിച്ചു കുമ്മനാനകൾ വലിച്ചു എല്ലാരും സഹായിച്ചിട്ടും അനങ്ങളില്ല എന്നാണ് ഇങ്ങനെ ഒരു മുതലയോ എല്ലാരെയും പിടിക്കണം മുതലയാണ് കാലമാവുന്ന മുതല സംസാരത്തില് ലോകത്തില് നമുക്ക് വിഷമം വരുമ്പോ വാസ്തവത്തിൽ തന്നെ നമ്മളെ സഹായിക്കണം എന്ന് നമ്മളുടെ നമ്മളെ ചേർന്നവരും ഒക്കെ സാധ്യമല്ല അവരൊക്കെ സ്നേഹം കൊണ്ട് നമ്മളെ സഹായിക്കണം എന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് കയ്യിലോ കാലിലോ ഒരു വേദന വന്നാൽ ആർക്ക് സഹായിക്കാൻ പറ്റും ഒരു കാപ്പിയോ ചായയോ തരുവായിരിക്കും എൻ്റെ ശരീരത്തിലുള്ള ഒരു വേദന വന്നാൽ ആരും അനുഭവിക്കാൻ പറ്റും എനിക്ക് വേറെ ആ മാനസികമായ ദുഃഖം വന്നാൽ അത് വലിച്ചിട്ട് മുതല പിടിവിടുന്നില്ല വിശ്വസിച്ചതൊക്കെ വ്യർത്ഥമായി എന്ന് കണ്ടു തന്നെയും വിശ്വസിക്കാൻ പറ്റില്ല താൻ വിശ്വസിച്ച് അടുത്തിരിക്കുന്ന ആളുകളെയും വിശ്വസിക്കാനൊക്കില്ല ഈ ഒരു സന്ദർഭം പലർക്കും അവരവരുടെ ജീവിതത്തിൽ വന്നുണ്ടാവും നമ്മൾ ഇട്ട ബാങ്കിലിട്ട ഡെപ്പോസിറ്റ് ഒന്നും പ്രയോജനമില്ല എത്രയോ ഡോക്ടർമാരോ ആശുപത്രികളോ ഒക്കെ ഉണ്ട് പ്രയോജനമില്ല നമ്മളെ വളരെ സ്നേഹിക്കുന്ന നമ്മളുടെ ബന്ധുക്കളും പ്രയോജനമില്ല നമ്മളുടെ ബലവും ബുദ്ധിശക്തിയൊന്നും പ്രയോജനമില്ല ആ സമയത്ത് ആരെ വിളിക്കും എന്ന് ആലോചിച്ച് നോക്കും ആരുടെ സമയം ആരെ ആശ്രയിക്കും എവിടെ ആശ്രയിക്കും എന്തിനെ ആശ്രയിക്കും എല്ലാ വിധത്തിലും പ്രകൃതി എന്ന് മനസ്സിലാവൂ നമുക്ക് നമ്മൾ ആശ്രയിക്കാൻ ഇവിടെ യോഗ്യമായ ഒരു വസ്തു എന്ന് സുവ്യക്തമായിട്ട് അപ്പൊ കാണും ആശ്രയിക്കണമെന്നൊക്കെ വിട്ടു ആരോഗ്യത്തിനെ ആശ്രയിക്കാൻ ഒക്കോ വിട്ടുപോയി ബന്ധുക്കളെ ആശ്രയിക്കാനൊക്കോ വിട്ടുപോയി ധനത്തിനെ ആശ്രയിക്കാൻ ഒക്കുവോ ധനം ഉണ്ടായിട്ടും പ്രയോജനമില്ല വിട്ടുപോണമെന്നില്ല ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ചിലരൊക്കെ പറയണു എത്ര മണി ഞാൻ പണം ചെലവാക്കാതിന്റെ ചില സൂക്കടൊന്നും മാറി കിട്ടിയാൽ മതിയെന്ന് ഡോക്ടർമാർ പറയണത് ഞങ്ങൾക്ക് ഡയഗ്നോസിസ് ചെയ്യാനേ പറ്റിയില്ല എന്നാണ് ഞങ്ങൾ എന്ത് ചെയ്യും ഒരു ഡോക്ടറെ എനിക്കറിയണം ഒരാൾക്ക് കുറെ മരുന്ന് എഴുതി കൊടുത്തു ഒരു വർഷത്തോളം മരുന്ന് എഴുതി കൊടുത്തു അവസാനം അദ്ദേഹം പറഞ്ഞു ഡോക്ടറെ ഒരു വർഷമായിട്ട് ഒരു ഭേദവും ഇല്ലല്ലോ ഡോക്ടർ പറയുന്നു എനിക്കും അതേ കുഴപ്പമാണ് ഞാനിപ്പോ പരീക്ഷിച്ചുകൊണ്ടിരിക്കണം നിങ്ങളുടെ അതേ സുക്കടാണ് എനിക്കും ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ലോകത്തിലെ എല്ലാവർക്കും അതാണ് പരസ്പരം ഈ വിഷമങ്ങളുണ്ട് നമുക്ക് ഈ വിഷമങ്ങളിലപ്പോ ഈ വിഷമങ്ങളൊക്കെ ഉള്ളപ്പോ വേറെ എവിടെ ആശ്രയമുണ്ട് നമ്മൾ നോക്കും ഈ അറിവുണ്ടല്ലോ ഈ അറിവ് നമുക്ക് ശരണാഗതി ഉണ്ടാക്കും നമുക്ക് ആശ്രയിക്കാൻ യോഗ്യമായ ഒരു വസ്തുവുമില്ലെന്നും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വിട്ടുപോകുമെന്നും നല്ലവണ്ണം കാണുമ്പോൾ ഒരു ഭയം തോന്നും ആ ഭയം വരുമ്പോൾ ഭഗവാനെ ആശ്രയിക്കും ഈ ജീവൻ വാസ്തവത്തിനെ കാണുമ്പോൾ ഭഗവാനെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല ആ ഗജേന്ദ്രൻ അല്പം ഒന്ന് ഞാൻ ആരെ ആശ്രയിക്കാം ആന ഏത് ഭഗവാനെ ഉപാസിക്കും പറയും നമ്മളാവുമ്പോ നമ്മളുടെ രൂപത്തിൽ ഭഗവാനെ കാണുന്നു ആന ഏത് രൂപത്തിൽ കാണും ഒരു ഭക്തൻ പറഞ്ഞു ഭഗവാനെ ഓരോരുത്തരും ഓരോ വിധത്തിൽ അങ്ങയെ പറയുന്നു അങ്ങ് ആരാ എനിക്കറിയില്ല ഈ ആദൃശോസി മഹാദേവ നമോ നമ അങ്ങ് എങ്ങനെയുള്ള ആളാണോ അങ്ങനെയുള്ള ആൾക്ക് നമസ്കാരം എന്നാണ് ഓരോരുത്തരും ഓരോ രൂപം പറയണു എനിക്ക് അങ്ങയുടെ ഇപ്പം രൂപമൊന്നും എനിക്കിപ്പോ വർണ്ണിച്ച് കിട്ടണ്ട അങ്ങ് എങ്ങനെയുണ്ടോ അങ്ങനെയുള്ള ആൾക്ക് നമസ്കാരം എന്നെ അങ്ങനെ രക്ഷിച്ചോമസിക്കും നക്രഗ്രഹ്രസന നിഗ്രഹവിഗ്രഹസ്യ ഈ നക്രത്തിനെ എങ്ങനെങ്കിലുമൊക്കെ ഇല്ലാതാക്കണം നക്രഗ്രഹഗ്രസന നിഗ്രഹ വിഗ്രഹ ശ്രീമദ്വയോനിധി നികേതനചക്രാണേ ഭോഗീന്ദ്രഭോഗമണിരഞ്ജിത പുണ്യമൂർത്തെ യോഗേശാശ്വതശരണ്ഭവാധി പോത ലക്ഷ്മീന്ദ്രസിംഹമമേഹി കരാവലംബ ആ ലക്ഷ്മി നൃസിംഹ സ്തോത്രത്തിലാണ് പറഞ്ഞത് നക്രഗ്രഹഗ്രസന വിഗ്ര നിഗ്രഹ വിഗ്രഹസ് സംസാരനക്രഗ്രഹം സംസാരമാവുന്ന ഈ നക്രത്തിന്റെ പിടിയിൽ നിന്നും എന്നെ വിമുക്തനാക്കണം എനിക്ക് വേറെ ആരും ഗതിയില്ല യഹ് കശ്യനേശോ ബലിനുന്ദഗോരാത് പ്രചണ്ഡവേകാവിധാവോ ഭൃഷം ഭീതം പ്രപന്നും പരിപാടി യയാത് മൃത്യു പ്രധാവതി അരണം തമീമഹീ ഏതൊരു ഭഗവാനെ ഭയന്നിട്ടാണോ പ്രപഞ്ചത്തിലുള്ള പഞ്ചകൃത്യങ്ങളും ഭംഗിയായിട്ട് നടക്കണത് ഭീഷാസ്മാതുവാത്ത പവത്തെ ഭീഷോദദേതി സൂര്യ ഭീഷാസ്മാദഗ്നിശ്ചയം ദ്രശ മൃത്യുർാവതി പഞ്ചമ എല്ലാ കർത്തവ്യങ്ങളും കൃത്യങ്ങളും ഏതൊരു തന്നെ ഭയന്നിട്ട് കൃത്യമായി ചിട്ടയോടുകൂടെ ഈ ലോകത്തിൽ നടക്കുന്നുവോ ആ ഭഗവാനെ ഞാനിതാ സംസാരത്തിനെ കണ്ട് ഭയന്ന് അവിടേക്ക് ശരണാഗതി ചെയ്തിരിക്കും അരണം തമി മഹീനി വേറെ ആരും ഗതിയില്ല ശരണാഗതോഹം ശരണാഗതോഹം ശരണാഗതോഹം ആ സമയത്തെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എപ്പോഴാണ് സർവധർമാൻ സർവധർമാൻ പരിത്യച്ച ആളുകൾക്ക് ഒരുപാട് സംശയമായ എന്താ ഈ ധർമ്മത്തിനെ വിടാൻ പറയണ സർവധർമാൻ എന്ന് വെച്ചാൽ ആത്മാവല്ലാത്ത അനാത്മധർമ്മങ്ങളെ മുഴുവൻ വിട്ട് ആത്മാവിനെ ശരണാഗതി ചെയ്യൂ എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ആ ശ്ലോകത്തിന് അർത്ഥമൊന്നും ശരിപ്പെട്ട് വരില്ല സർവധർമാൻ പരുത്തിയച്ച എന്ന് വെച്ചാൽ ഉപേക്ഷിക്കും അതായത് ആശ്രയിക്കാൻ കൊള്ളാത്ത വസ്തുക്കളെയൊക്കെ കൺ കണ്ടാൽ ആശ്രയം വിടും അപ്പോ ആശ്രയം ഭദ്രം ഈക്ഷതഹ ഭാഗവതം തന്നെ പറഞ്ഞു ഭദ്രമായ അധിഷ്ഠാനത്തിനെ കാണും ആശ്രയിക്കാൻ കൊള്ളുന്ന വസ്തുവിനെ നമ്മൾ നമ്മളുടെ ഉള്ളിൽ കാണും ശാശ്വതമായ സത്യത്തിനെ കാണും അത് കണ്ടുകഴിയുമ്പോ അതല്ലാത്തതൊന്നും ആശ്രയിക്കാൻ കൊള്ളില്ല എന്നാ അസതാ വിദ്യതേ ഭാവ എന്ന് കണ്ടാൽ സത്തിനെ നമ്മൾ ആശ്രയിക്കും അതാണ് സർവധർമാൻ പരിത്യജ്യം ആമേകം ശരണം വ്ര ഭഗവാൻ മാത്രമേ ഇവിടെ ആശ്രയിക്കാൻ കൊള്ളുന്ന വസ്തു ഉള്ളൂ ബാക്കിയൊക്കെ അനിത്യമാണെന്നും ഒന്നും ആശ്രയിക്കാൻ കൊള്ളില്ല എന്നും കണ്ട് അതിനെയൊക്കെ ആശ്രയിക്കുന്നത് വിട്ട് ഭഗവാനെ ആശ്രയിക്കാം ഭാഗവതത്തിൻ്റെ ലക്ഷ്യം ആശ്രയമാണ് സത്തിനെ ആശ്രയിക്കുക അസത്തിനെ വ്യവഹരിക്കാം പ്രപഞ്ചവസ്തുക്കളെയൊക്കെ വ്യവഹരിക്കണം ഭഗവാനെ ആശ്രയിക്കണം ഭഗവാനെ വ്യവഹരിച്ച് പ്രപഞ്ചത്തിനെ ആശ്രയിക്കാൻ പാടില്ല നമുക്ക് കുഴപ്പം അവിടെയാണ് പണത്തിനെ വ്യവഹരിക്കണം ദ്രവ്യങ്ങളെയൊക്കെ വ്യവഹരിക്കണം അത് വ്യവഹരിക്കാതെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല പക്ഷേ അതിനെ ആശ്രയിക്കാൻ കൊള്ളില്ല ഇത് ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കണമെന്ന് വിചാരിച്ചാൽ അതൊന്നും വിശ്വസിക്കാനേ കൊള്ളില്ല ആശ്രയം നിത്യവസ്തുവിനെയും അനിത്യവസ്തുക്കൾ വ്യവഹാരയോഗ്യമാണ് അനിത്യവസ്തുക്കളെ ആശ്രയിച്ച് നിത്യവസ്തുവിനെ വ്യവഹരിക്കാൻ പോയാൽ കുഴപ്പമാവും ഇപ്പൊ അനിത്യവസ്തുക്കളൊക്കെ ഗജേന്ദ്രൻ തന്റെ മുമ്പിൽ കണ്ടു ഒന്നും പിടിക്കാൻ വയ്യ ആശ്രയിക്കാൻ വയ്യ അത് വീണു പോവും അപ്പൊ നിത്യമായ വസ്തുവിൽ വേണം ആശ്രയിക്കാൻ അപ്പൊ ഒരു തൂണിൽ ചാരിയിരിക്കണു എന്ത് ധൈര്യത്തിലാണ് ചാരിയിരിക്കുന്നത് ആ തൂണ് വീഴില്ല എന്നുള്ള ഒരേ ഒരു ധൈര്യം അല്ലേ അല്ലെങ്കിൽ ഈ വീണ് ഫാനിൽ ആരെങ്കിലും ചാരിയിരിക്കുമോ അത് വീഴും തൂണിൽ ചാരിയിരിക്കുന്നത് എന്തായാലും തൂണ് വീഴില്ല എന്നുള്ള ധൈര്യത്തിലാണ് അപ്പൊ നമ്മൾ ചാരിയിരിക്കുന്ന വസ്തു നമ്മളെ വീഴ്ത്തിയിടാൻ പാടില്ല അത് വീഴുന്ന വസ്തു ആണെങ്കിൽ നമ്മളും വീഴും അതുകൊണ്ട് ഒരു സിദ്ധൻ പറഞ്ഞു ബ്രഹ്മചാരി എന്ന് വെച്ചാൽ എന്താ അർത്ഥം ചോദിച്ചാൽ ബ്രഹ്മത്തിൽ ചാരിയിരിക്കുന്നവൻ ി എന്തിൽ ചാരിയിരുന്നാലും ആ വസ്തുക്കളും വീഴും നമ്മളെയും വീഴ്ത്തിയിടുന്നു അപ്പൊ അദ്ദേഹം അവസാനം കണ്ടുപിടിച്ചു ചാരിയിരിക്കാൻ യോഗ്യമായിട്ടുള്ള ഒന്നേ ഉള്ളൂ ബ്രഹ്മം ബ്രഹ്മത്തിൽ ചാരിയിരുന്നാൽ അത് വീഴില്ല നമ്മളും വീഴില്ല അപ്പൊ ചാരിയിരിക്കണമെങ്കിൽ ബ്രഹ്മത്തിൽ ചാരി അപ്പോ ഇവിടെ ഗജേന്ദ്രൻ ഭഗവാന് ശരണാഗതി ചെയ്തു എനിക്ക് വേറെ ആരും ഗതിയില്ല എന്ന് വ്യക്തമായി കണ്ടുകൊണ്ട് ഭഗവാനല്ലാതെ വരെ ആരും ഗതിയില്ല എന്ന് ശരണാഗതി ചെയ്തതും ഗജേന്ദ്രന്റെ ഉള്ളിൽ പരാവാക്കുണർന്നുപനിഷത്തുണർന്നു ഓ നമോ ഭഗവതേ തസ്മൈ യദേദിദാത്മകം പുരുഷാ ആദിബീജാ പരേഷായ വിധീമി യസ്നിദം യഥശ്ചേദം ഏനേദം യൈതം സ്വയം യോസ്മാത് പരസ്മാ തം പ്രപദ്ധ്യേ സ്വയംഭുവം ഭഗവാൻ ശരണാഗതി ചെയ്താൽ ശരണാഗതി ചെയ്യുന്നവനെ ഭഗവാൻ എടുത്ത് വിഴുങ്ങും അതുകൊണ്ടാണ് ആളുകൾ പേടിക്കുന്നത് ഗണപതിക്ക് ഇടയിൽ ഗണപതി പാൽ കുടിച്ചു വലിയ വാർത്തയായിരുന്നു ഇപ്പൊ കുടിക്കുന്നുണ്ടോന്ന് അറിയില്ല ആരെങ്കിലും കൊടുത്ത് നോക്കുന്നുണ്ടോന്നും അറിയില്ല പാലൊക്കെ കൊടുത്തപ്പോ ആളുകൾ ലിറ്റർ കണക്കിന് പാൽ കൊണ്ടുപോയി പക്ഷേ വേറെ ഒരു വാർത്തയാണ് വരുന്നത് വെച്ചോളാം ഒരാൾ ഗണപതിക്ക് പൂജ ചെയ്യാൻ ശ്രീകോവിലുള്ളിൽ പോയി കുറെ നേരമായിട്ടും പുറത്തു വന്നില്ല വാതിൽ തുറന്നപ്പോ ആളെ കാണാനില്ല ഗണപതി ആളെ വിഴുങ്ങി ആരെങ്കിലും നീ ശ്രീകോവിലെ പൂജയ്ക്ക് പോവുമോ ഒരാളും പോവില്ല ഗണപതി കൊഴക്കട്ടെയൊക്കെ തിന്നെയാണ് ഈ തിന്നോട്ട് പക്ഷെ കൊണ്ടുപോകണവനെ തിന്നാ കൊഴപ്പ ഭഗവാൻ ശരണാഗതി ചെയ്യുന്ന ആളെ എടുത്ത് വിഴുങ്ങി കളയുന്നതാണ് എടുത്തു നീ വിഴുങ്ങി എന്നെ എന്നെ തന്നെ എടുത്തു വിഴുങ്ങണം എന്നുവെച്ചാലോ ജീവനേ ഇല്ലാതാക്ക അഹങ്കാരത്തിന് ഇല്ലാതാക്കലാണ് ഈ വിഴുങ്ങൽ ശരണാഗതി ചെയ്താൽ ശരണാഗതി ചെയ്യുന്ന ഭക്തനെ എടുത്ത് വിഴുങ്ങും അപ്പൊ ആ ഭക്തൻ വേറെ താൻ വേറെ എന്നുള്ള ഭാവം പോയി യസ്മിൻ ഇതം ഏതൊരുത്തനിലാണോ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നത് യഥാ ചൈതം ഏതൊരുത്തനിൽ നിന്നും ഈ പ്രപഞ്ചം പുറത്തേക്ക് വന്നു ഏനേതം ഏതൊരുത്തനെ കാരണം ഈ പ്രപഞ്ചം നടക്കുന്നു യ സ്വയം ഏതൊരുത്തൻ തന്നെയാണോ ഈ പ്രപഞ്ചം യോസ്മാത് പരസ്മാര ഏതൊരുത്തൻ ഇതിനു അപ്പുറവും ഇതിനപ്പുറമുള്ള അവ്യക്തത്തിനോ അപ്പുറവുമുള്ള പൂർണ്ണ വസ്തുവോ ആ സ്വയം പ്രകാശമാനമായ സത്യത്തിന് ഞാൻ ശരണാഗതി ചെയ്യുന്നു തം പ്രപദ്ധ്യേ സ്വയംഭുവം ഇതിനാണ് ഭട്ടതിരി നാരായണീയത്തില് യസ്വാദം യദയിദമഭവത്യന ചേതം യേത യോസ്മാർണോ ഖലു സകലമിതം ഭാസിതം യാസാ യോ വാചാ ദൂരദൂരെ മുഹുരപ്പ മനസാംനിന്ദ്രാ വിദ്യു തത്വം പുനരപരെ കൃഷ്ണ തസ്മൈ നമസ്തേ ശ്ലോകം സർവവിഭക്തികളും പോയി അപ്പഭക്തി എന്ന് പറയാം ന എല്ലാം ഗുരുവായവനായി കൃഷ്ണോ രക്ഷതുമാം ചരാചര ഗുരു കൃഷ്ണം നമസ്തേ സദാ കൃഷ്ണേനുരക്ഷിതോ കൃഷ്ണ തസ്മൈ നമ कृष्णात्सदूतम जगत् hey, कृष्ण से दासोस्म कृष्णे भक्तिरजला हे कृष्ण तोभ्यम नमचा या कृष्णनिणु एला विधमर्द കാരകങ്ങളൊന്നും പ്രവർത്തിക്കാത്ത സ്ഥിതി ക്രിയാ കാരകദ്രവ്യ ഭേദങ്ങളൊക്കെ പോയി എന്ന് പറയണമെന്നല്ലോ അപ്പൊ ഈ കാരകം എന്താ ഡുവർഷിപ്പ് കർത്തൃത്വം ഞാൻ കർത്താവാണ് സകലതും ഭഗവത് സ്വരൂപമായി പ്രകാശിക്കുന്നു ഭഗവാൻ അല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന് ഗജേന്ദ്രനെ നല്ലവണ്ണം പ്രകാശിച്ചു നമോ നമസ്തേ അഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ സർവാഗമായ മഹാർണവായ നമോ അപവർഗ്യയ പരാ നമോ നമസ്തേ അഖിളകാരൃതകാരയ ഭഗവാണ എല്ലാത്തിനും കാരണം വിശ്വം പശ്യതി കാര്യകാരണതായ സ്വസ്വാമീ സമ്പതാ ശിഷ്യാചാര്യത തടൈ പിതൃപുത്രാതി ആത്മനേത വൈദപ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു കാരണം കാര്യം കാരണം കാര്യം ഉണ്ട് ഒരു ആപ്പിൾ ചുവട്ടിൽ വേണതും എന്താ കാരണം ചോദിച്ചു എന്തിനും ഒരു കാരണ അന്വേഷണമാണ് ശാസ്ത്രം സയൻസ് കാര്യം കാരണം അപ്പൊ ഭഗവാൻ ഈ പ്രപഞ്ചത്തിന് കാരണമാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇപ്പൊ ഉണ്ടാവോ ഒരു നാല് ചട്ടി ഉണ്ടാക്കാനുള്ള മണ്ണ് ആ മണ്ണിൽ നിന്നും രണ്ട് ചട്ടിയും ഉണ്ടാക്കിയാൽ രണ്ട് ചട്ടിക്കുള്ള മണ്ണേ ബാക്കിയുണ്ടാവുള്ളൂ അതേപോലെ ഭഗവാനിൽ നിന്നും പ്രപഞ്ചം ഉണ്ടാക്കി പ്രപഞ്ചം ഉണ്ടാക്കാൻ എന്താണ് ഭഗവാനോട് സാമഗ്രി ഭഗവാൻ തന്നെ സാമഗ്രി ശരി ഭഗവാൻ തന്നിൽ നിന്നും പ്രപഞ്ചം ഉണ്ടാക്കിയാൽ ഭഗവാൻ പകുതിയെ ഉള്ളൂ അവിടെ എത്ര ചട്ടിയോ മണ്ണ് പൂർണ്ണമായും അവിടെ ഉണ്ടാവുന്നതാണ് അങ്ങനെ മണ്ണ് ആ മണ്ണിൽ നിന്ന് എത്ര മണ്ണ് എടുത്താലും അവിടെ പൂർണ്ണം ഉണ്ടാക്കിയതും പൂർണ്ണം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുതച്ചത് പൂർണ്ണസയ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത് ചില ജീവികളുണ്ട് വളരെ ചെറിയ ജീവികൾ ആ ചെറിയ ജീവികൾ ബാക്ടീരിയ ചെറിയ ജീവികൾ ചിലതൊക്കെ മുറിച്ചാൽ രണ്ട് ജീവിയായിട്ട് മാറും അത് വെട്ടിക്കഴിഞ്ഞാൽ രണ്ട് ജീവിയായിട്ട് മാറും ആ രണ്ട് ജീവിയായിട്ട് മാറിക്കഴിഞ്ഞാൽ രണ്ടിനും അരയര അഹമേ ഉണ്ടാവുള്ളൂ എന്നുണ്ടോ ഒരു പകുതി ഞാൻ ഒരു പകുതി ഞാനായിട്ട് പോകാതെ രണ്ടും പൂർണ്ണമാണ് പൂർണ്ണമതഹ പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമിതേ ഒരു വിത്തിൽ നിന്ന് ഒരു മരം ഉണ്ടാവുന്നു ആ മരത്തിൽ അനേക ആയിരം വിത്തുകൾ ഉണ്ടാവുന്നു ഓരോ വിത്തും ഈ ആദ്യം കുഴിച്ചിട്ട വിത്തിന്റെ അത്രയും ശക്തി അത് എത്ര പരമ്പര കഴിഞ്ഞാലും ആദ്യത്തെ വിത്തിന്റെ ശക്തി ക്ഷയിക്കാതെ വരുന്നു പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണ ബോധത്തിൽ പൂർണ്ണതയാണുള്ളത് ബോധത്തിന് കലയേ ഇല്ല അതുകൊണ്ടാണ് ഭഗവാന്റെ അംശം കല എന്നൊക്കെ നമ്മളുടെ അറിവിനു വേണ്ടി പറയാം പ്രകാശത്തിൽ അംശം കല എന്ന് പറയാം നല്ലത് അംശമോ കലയോ വലുതോണ്ടോ ബോധത്തിൽ അംശം കലയോ ഒന്നുമില്ല ഉള്ളൂ അതുകൊണ്ടാണ് അതിന് അത്ഭുതകാരണം എന്ന് പറഞ്ഞത് നമോ നമസ്തേ അഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ സർവാഗമാംനായ മഹാർണവായ എല്ലാ വേദങ്ങളും ഒരു സമുദ്രമായി ചേർന്നാൽ ആ സമുദ്രമാണ് ഭഗവാൻ നമോ അപവർഗ്യായ ശരാശാരായണായ ആ ഭഗവാൻ ആരാ അധികം പുരുഷനോ ഹീ ആണോ ഷിയാണോ ചിലപ്പോ ഹീ എന്ന് പറയും ചിലപ്പോ ഷീ എന്ന് പറയും ചിലപ്പോ ഇറ്റ് എന്ന് പറയും അപ്പൊ സ്വാമി രാമതീർത്ഥനോട് ഒരു സായിപ്പ് എഴുന്നേറ്റ് ചോദിച്ചു സ്വാമി നിങ്ങളുടെ വ്യാകരണം ശരിയില്ല ബാക്കിയുള്ളവർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് പറയണ്ട് പക്ഷേ ഈ ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോ യു സ്പീക്ക് അബൌട്ട് ഹിം ആസിഫ് ഹിസ് എ മാൻ സംസ് ഫീമെയിൽ ചില സമയത്ത് പുരുഷനായിട്ട് പറഞ്ഞു ചില സമയത്ത് സ്ത്രീ ആയിട്ട് ചില സമയത്ത് നപുംസകമായിട്ട് പറയുന്നു ക്ലിയർ ആയിട്ട് പറയൂ വെദർ ഹീസ് മിസ്റ്റർ ഓർ മിസ് ഓർ മിസ് ഇസ് വാട്ട് ഇസ് ഹി കാമീർത്തൻ പറഞ്ഞു നൈദർ മിസ്റ്റർ നോർ മിസ് നോർ ഇസ് ഹി മിസ്സസ് ഹിസ്റ്ററി അദ്ഭുതകാരയ അതാണ് അദ്ഭുതം സർവാശ്ചര്യമയേ യക്ഷേ അദ്ഭുതമ സവൈനദേരമർ നീ നോ നു ുണഹ കർമ്മ നസന്നചാസ നിഷേധശേഷോ ജയാത് അശേഷഹ എല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നവനായതുകൊണ്ട് ഭഗവാന് ശേഷൻ എന്ന് പേര് നിഷേധശേഷോ ജയതാത് അശേഷ എല്ലാമായിരിക്കുന്നവൻ ശേഷിക്കുന്ന വസ്തു അശേഷമായ വസ്തു ശേഷിക്കുന്ന വസ്തു എല്ലാമായ വസ്തു എന്നാണ് നിഷേധശേഷോ ജയതാത് അശേഷം എന്ന് പറഞ്ഞു യാാന ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ അവിടെ ഗരുഡന്റെ മേലെ വന്നു ചില ഭക്തന്മാരൊക്കെ ഭക്തിയുടെ ഭാവത്തില് ഗുരുവായൂർപ്പൻ അവിടുന്ന് ചെരുപ്പിടാൻ മറന്നിട്ട് ഓടി വന്നു എന്നൊക്കെ കഥയുണ്ട് തെലുങ്കില് പോത്തണ്ണ ഭാഗവതത്തിലെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത്രേ ഗജേന്ദ്രൻ സ്തുതിച്ചപ്പോ ഒക്കെ മറന്നുപോയിട്ട് ഓടിയത്രേ ഗരുഡൻ സ്വയമേവ വന്ന് നിന്നുകൊടുത്തു എന്നാണ് ഇരിക്കാനായിട്ട് സുദർശന ചക്രം കയ്യിൽ വന്ന് നിന്നുകൊടുത്തു ശംഖ കൈ ഒക്കെ മറന്നുപോയി എന്നാണ് പോത്തണ്ണ അങ്ങനെ എഴുതിയപ്പോ ഏതോ ഒരു പണ്ഡിതൻ വളരെയധികം അതിനോട് വിരോധം കാണിച്ചു അപ്പോ വേറെ ആരോ ഈ പണ്ഡിതനോട് ചോദിച്ചു ഒരു ദിവസം ഈ പണ്ഡിതൻ സദസ്സിലെ ഭഗവാൻ ഇങ്ങനെയൊക്കെ ഓടി വന്നു ഈ പണ്ഡിതന്റെ മകൻ കിണറ്റിൽ വീണു എന്ന് ആരോ പറഞ്ഞു പറഞ്ഞപ്പോ ഇയാള് നിമിഷം പോലും ആലോചിക്കാതെ പിന്നാലെ പോയി ചാടി കുട്ടിയെ രക്ഷിക്കാനേ അപ്പോ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മകൻ കിണറ്റിൽ ചാടി എന്ന് പറഞ്ഞപ്പോ വാസ്തവത്തിൽ കിണറ്റിൽ വീണിട്ടോ അദ്ദേഹം പോയി ചാടിയതാ ഇത്രയധികം ഭാവമുള്ള അപ്പോൾ ഓരോ ജീവനും പിതാവും മാതാവുമായിട്ടുള്ള ഭഗവാൻ ആ കാരുണ്യം വന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പോ വിശ്വസിക്കാൻ പോത്തണ്ണ ഭാഗവതത്തിലെ ചില കഥകൾ ഒരിക്കൽ പോത്തണ്ണ ഭാഗവതത്തിൽ ഈ ഗജേന്ദ്ര മോക്ഷം കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോ മറ്റുമാണ് അദ്ദേഹത്തിന് ഒരു ശ്ലോകം അദ്ദേഹത്തിന് സ്ഫുരിച്ചില്ല അദ്ദേഹം രാമഭക്തനാണ് കൃഷ്ണഭക്തനല്ല എന്നുവെച്ചാൽ ഭാവം രാമഭാവമാണ് രാമൻ തന്നെ ഭാഗവതം എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയെന്നാണ് പോത്തണ്ണ ആരംഭിക്കുമ്പോൾ പറയണത് അപ്പൊ അമ്പലത്തിൽ തൊഴാനായിട്ട് പോയിരിക്കാം തൊഴാൻ പോയ സമയത്ത് അവിടുന്ന് ഈ ശ്ലോകം ഏകദേശ രൂപത്തിനുള്ളിൽ വന്നു അല്ല ആ ശ്ലോകം കിട്ടിയില്ല ആ സമയം കുളിച്ച് തൊഴാൻ പോയിരിക്കുന്ന സമയത്ത് വീട്ടില് പോത്തണ്ണാവിന്റെ രൂപത്തിൽ ഭഗവാൻ വന്നു എന്നാണ് വീട്ടിൽ വന്ന് പോത്തണ്ണാവിന്റെ മകളെ വിളിച്ചിട്ട് തന്റെ കാല്ഴുകാൻ പറഞ്ഞു തരും മകൾക്ക് ആശ്ചര്യമായിരുന്നു അച്ഛൻ നേരെ വരും അദ്ദേഹം കാല് കഴുകും ഉള്ളിൽ വരും ഇന്ന് അച്ഛൻ പ്രത്യേകിച്ച് വന്ന് മകളെ വിളിച്ച് കാല് കഴുകാനായിട്ട് നിന്ന് കൊടുത്തു മകളും ഭക്തിയോടെ അച്ഛന്റെ കാലുമൊക്കെ കഴുകി ഉള്ളിൽ പോയി ആ വിട്ടുപോയ ശ്ലോകം എഴുതിയിട്ട് പോയി ആ എഴുതുന്ന സമയത്ത് പോത്തണ്ണാമനെ അവിടെ ഈ ശ്ലോകം സ്ഫുരിച്ചു തിരിച്ച് അദ്ദേഹം തിരിച്ച് എഴുതാനായിട്ട് ഇവിടെ നോക്കുമ്പോൾ ആ ശ്ലോകം ഇവിടെ എഴുതിയിട്ടുണ്ട് മകളോട് ചോദിച്ചു മകള് പറഞ്ഞു അങ്ങാണല്ലോ വന്ന് എഴുതിയത് എന്റെ കാല് പാദപ്രക്ഷാളനം ചെയ്യാനൊക്കെ എനിക്ക് നിന്ന് തന്നല്ലോ അങ്ങനെയൊക്കെ ഭക്തന്മാരുടെ അനുഭവം ഭാഗവതത്തിൽ ഭഗവാൻ അങ്ങനെ ഗരുഡനിൽ ആവിർഭവിച്ചു ഗജേന്ദ്രന്റെ മുമ്പിലേക്കാണ് ഛന്ദോമയേന ഗരുഡേന സമൂഹ്യമാന എന്നുവെച്ചാൽ ജീവന അഹങ്കാര ക്ഷയം ഉണ്ടായി ശരണാഗതി ചെയ്യുമ്പോ ജ്ഞാനം പ്രകാശിക്കുന്നതാണ് ഗരുഡൻ ജ്ഞാനമാണ് ഗരുഡൻ ജ്ഞാനൂപിയായ വേദസ്വരൂപിയായ ഗരുഡൻ ഛന്ദോമയന ഗരുടെ സമൂഹ്യമാന ഭഗവാനോട് ആവിർഭവിച്ചു ഗജേന്ദ്രൻ ഒരു താമര പറച്ചെടുത്ത് ഭഗവാൻ അങ്ങനെ അർപ്പിച്ചു തം തദ്വർത്തുപലഭ്യ ജഗന് നിവാസ സ്ത്രം നിശമ്യ ദിവിജൈ സഹ സംസ്തുവദ് ഛന്ദോമയ ഗരുടെ സമൂഹ്യമാനം ചക്രാഭ്യഗമദു യോ ഗജേന്ദ്ര सोमत सरस्युरबल गृह आर् दृष्ट्वा गुत्मति हिरी खपत्चक्र उक्षिप्य सांबुज गिरा नारायण अखिल भगवन्नम नारायण अखिल गुरो भगवन्नम भगवान्गति चेतु सद्गुवाईट भगवे वि अखिल गुरो भगवन् नमस्ते ആദ്യം ആ മുതലയെ ഭഗവാൻ വിമുക്തനാക്കി ഒരു ഗന്ധർവൻ ദേവലന്റെ ശാപം കൊണ്ട് മുതലയായി തീർന്നിരിക്കുന്നു മുതലയ്ക്കാണ് ആദ്യം വിമുക്തി എന്താന്ന് വെച്ചാൽ മുതല ചെയ്ത കാര്യം എന്താ ഒരു ഭക്തന്റെ കാല് പിടിച്ചു നമുക്കൊരു ഗതിയും ഇല്ലെങ്കിൽ പരമജ്ഞാനികളായ ആരുടെയും കാല് വിടാതെ ഒരു പിടി പിടിച്ചു ഈ ഗജേന്ദ്രന്റെ പാദം അങ്ങോട്ട് പിടിച്ചു അപ്പൊ ആദ്യം മുതലേക്കാണ് വിമുക്തി ഗജേന്ദ്രന് പൂർവജന്മത്തിൽ ഇന്ദ്രദ്നൻ എന്ന പാണ്ഡ്യവംശ രാജാവ് തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അഗസ്ത്യൻ വന്നു മാനിച്ചില്ല അഗസ്ത്യൻ കോപിക്കുന്ന ഋഷിയൊന്നുമല്ല ഇയാൾക്ക് അല്പം മതമുണ്ട് മതം ആനയുടെ ലക്ഷണമാണ് അതുകൊണ്ട് അടുത്ത ജന്മം മതം ആനയായിട്ട് ഇരുന്ന് ആ മതം ഒന്ന് കഴുകിക്കളയാ എന്ന് തീരുമാനിച്ചു അഗസ്ത്യൻ അത്ര അങ്ങനെ അഗസ്ത്യന്റെ അനുഗ്രഹം കൊണ്ട് ആന ആനയായിട്ടുള്ള ആ ജന്മത്തിൽ ഭഗവത് ഉണ്ടായി ഇങ്ങനെ ഗജേന്ദ്രമോക്ഷം കഥ ഇനി രണ്ട് അധ്യായം വായിച്ചിട്ട് അമൃതമതനത്തിലേക്ക് കടക്കാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം അടുത്തത് അമൃതമനം ാണ് ഇതൊക്കെ ദേവലോകത്തിലെ കഥകളാണ് ഒരിക്കൽ ദുർവാസാവിന് ഒരു ദിവ്യമായ ഒരു മാല കിട്ടി ദുർവാസ മഹർഷി ആ മാല ഇപ്പൊ ആർക്കാ കൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ചു ഇന്ദ്രന് കൊടുക്കാം എന്ന് തീരുമാനിച്ചു ദേവലോകത്തിലേക്ക് ചെല്ലാണ് അപ്പൊ ഇന്ദ്രൻ ആനപ്പുറത്ത് എഴുന്നേളത്താണ് ദുർവാസാവ് വരുന്നു ബഹുമാനിച്ചില്ല പൂർണ്ണകുംഭം കൊടുത്തൊന്നും സ്വീകരിച്ചില്ല അതിന് ദുർവാസാവ് ദേഷ്യപ്പെടാത്തതിന് തന്നെ നമ്മൾ ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ് ദുർവാസാവ മഹർഷി അടുത്തു വന്ന് ഹാരം കൊടുത്തു അത് ആനപ്പുറത്ത് ഇരുന്നുകൊണ്ട് തന്നെ വാങ്ങിച്ചു ഉടനെ തല കഴുത്തിൽ ഇടണം അതിനു പകരം തലമുടി ഒന്ന് എടുത്തു കെട്ടാനായിട്ട് ആനയുടെ മസ്തകത്തിൽ വെച്ചു ആ പുഷ്പത്തിൻ്റെ സുഗന്ധത്തിന് വണ്ട് മൂളിക്കൊണ്ടുവന്നു ആന മാല വലിച്ചു ചുവട്ടിലിട്ട് ചവിട്ടി ദുർവാസാവ് കോപം കൊണ്ട് വിറച്ചു നിങ്ങൾക്ക് ദേവന്മാർക്കൊക്കെ അഹങ്കാരം മൂത്തിരിക്കുകയാണ് ഞാനിത് നിങ്ങളെയൊക്കെ ശവിക്കണം നിശ്ചരിക്കാ ഹാഭവം ഐശ്വര്യമൊക്കെ പോയി ക്ഷയിച്ച് ഒക്കെ അനീമിക്കായിട്ട് തീർന്നു എന്നാണ് ദേവന്മാർ ബലം ക്ഷയിച്ച് ശക്തി ക്ഷയിച്ച് നടക്കാൻ വയ്യാതായി ദുർവാസാവ് പോവും ചെയ്തു ആനപ്പുറത്തുനിന്ന് ഇന്ദ്രനെ ഇറക്കാൻ ഇപ്പോ കോണി കൊണ്ടുവരേണ്ടി വന്നു ഇറങ്ങാൻ വയ്യ ദേവന്മാരൊക്കെ കൂടെ പോയി ബ്രഹ്മാതി ദേവന്മാരായിട്ട് ഭഗവാനെ സ്തുതിക്കാണ് ബ്രഹ്മാവിന്റെ സ്തുതി ഭാഗവതത്തിലെല്ലാം കൊണ്ട് എപ്പോഴും ഗംഭീരം ഇവിടെ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നു അഷ്ടമസ്കന്ധത്തിലെ ഏറ്റവും പ്രധാന സ്തുതികളിൽപ്പെട്ട ഒരു സ്തുതിയാണ് ദൈവീവാക്കാണ് അത്ഭുതമായ സ്തുതി അതിന് അർത്ഥം കുഴപ്പമില്ല ശബ്ദമേ മതി അവിക്രിയം സത്യമനന്തമാദ്യം ഗുഹാശയം നിഷ്കലമപ്രതർക്കം മനോഗ്രയാണം വചസാ നമാമഹേ ദേവരം വരെണ്യ്യം പാദോ മഹീയം സ്വൃതൈവയ ചതുർവിധോ എത്ര ഭൂതസർഗൈ മഹാപൂരുഷ ആത്മതന്ത്രസീതതാ ബ്രഹ്മ മഹാവിഭൂതി അംബസ്തു യേദ ഉദാരവീര്യം സിദ്ധ്യത്തിവന്യുത വർദ്ധമാന രോഗാസ്ത്രയോഥാ ലോകപാളാഹ മഹാവിഭൂതി സോമം മനോയ സമാമനന്തീ ദിവകസം വൈ ബലമന്ധാരയു ഈശോനഗാ പ്രജനഃ പ്രസീദാവിഭൂതി അഗ്നിർമുഖം ജാതവേദ ജാതകമന്മ അന്ത്രേ അനുപചൻ സ്വതൂന് പ്രസീദാവിഭൂതിച്ചക്ഷുരാസീത്തരനിർവാനന്ദ്രീമയയോ ബ്രഹ്മണയേഷ്യം ദ്വരം ചുക്േ അമൃതം ച മൃത്യു പ്രസീദാസ് മഹാവിഭൂതിക ഭഗവാനേ മഹാവിഭൂതി ആയിട്ടു ദുശം പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ വിഭൂതിയാണ് ഭഗവത്ഗീതയിൽ പത്താമത്തെ അധ്യായത്തിന് തന്നെ പേര് വിഭൂതി യോഗം എന്നാണ് അതിൽ പ്രത്യേക പ്രത്യേക ആവിർഭാവങ്ങൾ എവിടെ എവിടെ ഐശ്വര്യം അല്ലെങ്കിൽ തേജസ് അല്ലെങ്കിൽ ശക്തി പ്രകാശിക്കണോ അതിനുമൊക്കെ ഭഗവത് വിഭൂതിയായി ഉപാസനാ സൗകര്യത്തിനായിട്ട് പറഞ്ഞു പക്ഷെ ഈ മഹാവിഭൂതി എന്ന് വച്ചാൽ എന്താ വിഭൂതികളെ വർണ്ണിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ വർണ്ണിച്ചു അഹം ആത്മാ ഗുഢാകേശ സർവഭൂതാശയ സ്ഥിത ഓരോരുത്തരുടെയും അന്തരഹൃദയത്തിൽ ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന അനുഭവ രൂപത്തിൽ ഏതൊരു ബോധം പ്രകാശിക്കുന്നുണ്ടോ ആ ബോധമാണ് മഹാവിഭൂതി ആ ബോധത്തിനെ വെച്ചുകൊണ്ടാണ് പ്രപഞ്ചം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ ആര് കാണും അറിയും എല്ലാ അറിവിനും അനുഭവത്തിനും അധിഷ്ഠാനമായ ഉണർവ് ബോധം പ്രജ്ഞപ്തി അവബോധം അതിനാണ് മഹാവിഭൂതി എന്നു പേര് അത് ബ്രഹ്മം अगने ब्रह्मस्वरूप प्रसीददां ब्रह्म महाभूति भगवां इविर्भवचु वीर स्तुति अजातजन्मस्थि संयम गुणारणिछन् अजातजन्मस्थि संयमा अगुणा निर्वाणसुखावाय अणोरणिनेपरीगण्य थानेहावाय नमो नमस्ते ഭഗവാനെ യാതൊരു വികാരമില്ലാത്തതും ജന്മസ്ഥിതി ലയങ്ങളില്ലാത്തതുമായ ബ്രഹ്മമായി ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ അവരുടെ മുമ്പിൽ ആവിർഭവിച്ചു ദേവതകൾ അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു ഭഗവാനെ ഇതുപോലെ ആ ദുർബാസാവിന്റെ ശാപമായി ഞങ്ങൾക്ക് വിഷമം പിടിച്ച് നടക്കായിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് വീണ്ടും ശക്തി ഉണ്ടാവണം ഐശ്വര്യം ഉണ്ടാവണം ബലം ഉണ്ടാവണം അതിനെ അനുഗ്രഹിക്കാം ഭഗവാൻ പറഞ്ഞു അതിനെ അമൃതപാലം ചെയ്യണം സമുദ്രം കടഞ്ഞ് അമൃതം എടുക്കണം സമുദ്രമഥനം ചെയ്യണമെങ്കിൽ മന്ത്രപർവ്വതത്തിനെ മത്താക്കി വെച്ച് വാസുകിയെ കയറാക്കി ചെയ്ത് നിങ്ങൾ കടയ ദേവന്മാരുടെ മുഖമൊക്കെ മങ്ങി എന്താണെന്ന് കടയാൻ ബലം വേണ്ടേ ഞങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിൽ മിക്സി വാങ്ങിച്ചു തൈര് കടയിലെ പതിവില്ല എന്നിട്ട് വേണ്ട ഇപ്പൊ സമുദ്രം കടയാൻ ഞങ്ങളെങ്ങനെ കടയും സമുദ്രത്തിന് എങ്ങനെ മഥനം ചെയ്യും ഞങ്ങളെ കൊണ്ട് വയ്യ എന്നാൽ അസുരന്മാരെ സഹായത്തിന് വിളിച്ചോളൂ അവരിപ്പോ വിളിച്ചാൽ വരുമോ ഭഗവാനെ ഞങ്ങളെ അവരോട് ശണ്ട കൂടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ അമൃതം കുടിക്കണത് അവർ നിശ്ചയമായിട്ടും വരും നിങ്ങൾക്ക് അമൃതം കിട്ടുന്നത് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തട്ടിയെടുക്കാൻ എങ്കിലും ഉദ്ദേശിച്ച് വരും അതുകൊണ്ട് വിളിക്കുകയാണോ ദേവന്മാർ ഒരു അസുരന്മാർക്ക് മഹാബലി ലെറ്റർ അയച്ചു മഹാബലിക്ക് ഞങ്ങളിതുപോലെതാ അമൃത് സമുദ്രമദനം ചെയ്ത് അമൃതം എടുക്കാൻ പോകുന്നു ഞങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾ വരുമോ പിന്നെ നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ ഞങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത് ഒരേ അച്ഛൻ്റെ മക്കളല്ലേ നമ്മളൊക്കെ അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങളല്ലേ സഹായിക്കേണ്ടത് അവർ പുറപ്പെട്ടു വന്നു പർവ്വതത്തിനെ കൊണ്ടുവരുമ്പോൾ വഴിയിൽ വീണു അതും ഭഗവാൻ കൊണ്ടുവന്ന് വെച്ചുകൊടുത്തു സമുദ്രത്തിന് ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു ഭഗവാൻ ഒരു വശത്ത് നിന്ന് ഇവരുടെ കൂടെ കടയാണ് കടയാൻ പുറപ്പെടുമ്പോ ഒരു പ്രശ്നം പാമ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തേക്ക് വി വി ആയിട്ട് പുറത്തേക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കണ്ട് ദേവന്മാർക്ക് വയ്യ നല്ലവണ്ണൊന്ന് കാറ്റടിച്ചാ അവര് പോകും അപ്പൊ അതാണ് സ്ഥിതി അപ്പൊ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ വിഷം ചിറ്റണു പുറത്തേക്ക് നമ്മളെങ്ങനെ നിൽക്കും അസുരന്മാരോട് നേരെ ചൊവ്വ പറഞ്ഞാൽ അവർ കേൾക്കില്ല നിങ്ങൾ തലഭാഗം പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവരാലോചിക്കും എന്തിനാ അങ്ങനെ പിടിക്കാൻ പറയണതെന്ന് ആലോചിക്കും അതുകൊണ്ട് ഭഗവാൻ ആദ്യം തന്നെ തലഭാഗത്ത് പോയി പിടിച്ച് അസുരന്മാരോട് വിളിച്ചു വന്നു നിങ്ങളേ ആ വാൽഭാഗം പിടിച്ചോളൂ ആ വേല കയ്യിലിരിക്കട്ടെ ഞങ്ങളെ കശ്യപ്രജാപതിയുടെ മക്കളാണ് എത്ര ഉയർന്ന കുലത്തിൽ ജനിച്ചവര് എത്ര പഠിച്ചവര് സ്വാധ്യായ ശ്രുത സമ്പന്നാഹ പ്രഖ്യാത ജന്മകർമ്മവിഹി നാട്ടിലൊക്കെ ചോദിച്ചു നോക്കൂ ഞങ്ങളുടെ കുലം എന്താണ് ഞങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ് അഹേ പുച്ഛം പാമ്പിന്റെ വാല് അമംഗളമായ സ്ഥാനം പിടിക്കാൻ അപമാനിക്കാനോ ഞങ്ങളെ വിളിക്കും ഞങ്ങൾ വരില്ല തലഭാഗം പിടിക്കാൻ തരികയാണെങ്കിൽ വരാ എന്നുള്ള തലഭാഗം അവർക്ക് പിടിക്കാൻ കൊടുത്തു ദേവന്മാര് വാല്ഭാഗം പിടിച്ചു കടയാൻ തുടങ്ങി കടയുമ്പോ മറ്റ് നടുവിൽ പർവതമാണ് പാമ്പാണ് കടയാ അങ്ങനെ കടയാൻ തുടങ്ങിയതോടുകൂടെ വിലോക്യ വിഘ്നേശ വിധി തരേശ്വരം ഉള്ളിൽ ഒരു തടസ്സം കടയുമ്പോ മഥനം ചെയ്യുമ്പോൾ ഒരു തടസ്സം എന്താ തടസ്സം ആദ്യം പാമ്പിനെ നോക്കി എവിടെയെങ്കിലും ചെടുക്ക് വീഴുന്നുണ്ടോ നോക്കി മത്ത് കടയുമ്പോൾ അങ്ങനെയാണ് കേരളം എവിടെയെങ്കിലും ചെടുക്ക് വീണാൽ അവിടെ ഉടക്കം പാമ്പ് നല്ല വഴുവഴുവിഴുന്നുണ്ട് അത് കടയാൻ നല്ല സുഖമാണ് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പർവ്വതം ചുവട്ടിൽ പോകുന്നു ഒരു സ്ഥാനത്തിൽ നിൽക്കുന്നില്ലാതെ എന്തോ വിഗ്നം ആ വിഗ്നത്തിനാണ് വിഘ്നേഷവിധി എന്ന് പറഞ്ഞു ഗണപതിയുടെ ഒരു സ്വഭാവം ദഹത്തിന് കുഴക്കട്ടുണ്ടാക്കാതെ പണി തുടങ്ങിയാൽ സമ്മതിക്കില്ല എന്നാണ് മഹാവിഷ്ണുവിനോട് പറഞ്ഞു ശിവൻ തന്നെ അച്ഛൻ തന്നെ ഇല്ല എനിക്ക് തന്നിട്ടാണ് തുടങ്ങാൻ നിങ്ങളിപ്പോ അമ്മാവിന് ഇങ്ങനെ തുടങ്ങിയാലോ വിഘ്നേഷവിധിം എന്തോ വിഘ്നം എന്താ വിഘ്നം എന്ന് വെച്ചാൽ പർവ്വതത്തിന് നിൽക്കാനൊരു സ്ഥലമില്ല അതെങ്ങനെ താണു താണു പോകണം ഭഗവാൻ അവിധതാഭിസന്ധി വിധതം എന്ന് വെച്ചാൽ കള്ളം അഭിസന്ധി എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ബന്ധം ലോകത്തിലുള്ള ബന്ധം ആശ്രയം ലോകത്തിൽ നമുക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ആശ്രയം ഭർത്താവിന് ഭാര്യയോടുള്ള ആശ്രയം അച്ഛൻ അമ്മയോടുള്ള ആശ്രയം അമ്മയ്ക്ക് അച്ഛനോടുള്ള ആശ്രയം മക്കളോടുള്ള ആശ്രയം എല്ലാം വിധതാഭിസന്ധിയാണ് ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല ഈ ആശ്രയം ചിലപ്പോൾ അപ്പൊ കഥ പോലെ ആവശ്യത്തിന് ഒന്നും പ്രയോജനപ്പെടില്ല ഒക്കെ ഉണ്ടാവും അവിടെ അവർ വിചാരിച്ചാലും അവർക്ക് നമ്മളെ സഹായിക്കാൻ ഒക്കില്ല കാരണം എന്താ വിധതാഭിസന്ധിയാണ് എല്ലാം ലോകത്തിലെ ബന്ധപ്പെട്ട് ഇല്ലയോ അത് ബന്ധം എന്ന് നമ്പ മുടാ നമുക്ക് എപ്പോ ഒത്താശ വേണമോ എപ്പ സഹായം വേണമോ അപ്പൊ ആരുമേക്ക അത് ഇപ്പൊ ഗജേന്ദ്രൻ കഥയില പാത്രം ആ ഭഗവാനക്ക് വന്ന് അവിതാഭി സന്ധിഹി അട അജക്ടിവ് പോതാഭി സന്ധിഹിനാ അവം അവശ്രയം മാത്രം ഏമാവേമാപ്പൊ അത് കൂടെ നിന്ന് വിലോക്യ വിഘ്നേശവിധിം ദദേശ്വരോ ദുരന്തവീര്യോ അവിതഥാഭിസന്ധി കൃത്വു കാക്ഷമത്ഭൃതം മഹത് പ്രവിശ്യതോയം ഗിരി ഉജ്ജഹാര ഭഗവാൻ കൂർമാവതാരമെടുത്ത് കൂർമമായി സമുദ്രത്തിൽ പ്രവേശിച്ച് പർവ്വതത്തിനെ തന്റെ പുറത്ത് പൃഷ്ഠത്തിന് വഹിച്ചു മഥനം തുടങ്ങി വീണ്ടും കടന്ന് തുടങ്ങി കടയുമ്പോൾ ആദ്യം തന്നെ അമൃതം വന്നില്ലേ ഹാലാഹല വിഷം സർപ്പത്തിന്റെ വിഷമണ്ട് സമുദ്രം കടയുമ്പോൾ അതിനകത്തൊന്ന് പൊന്തുന്ന ഒരു വിഷയം വിഷം ഭയങ്കരമായ വിഷം വിഷം പൊന്തി വരുന്നത് കണ്ടതോടുകൂടെ ദേവന്മാരൊക്കെ കൂടെ എടംവല ഓടി ഈ വിഷം കണ്ട് ഭയന്ന് സർവാമരാതിഭയതഹാക്ഷേള ആ ഭയങ്കര വിഷം കണ്ട് തദുഗ്രേഗം ദിശതിഷ്യുബര്യതോ വിസർപ്പുസർപ്പസഹ്യമ്രതി ഭീതാദ്രുവരംഗസേശ്വരാ അരക്ഷ്യമാണി ദ മഹാദൂതൻ ഭൂതഭാവന ത്രാഹിണന്ന ത്രൈലോക്യദിഷരമ ഗുഹ്യം സദസദ്ഭാവഭാവനാശക്തിരാതീശ്വര ത് ശദയോനി ജഗദാതിരാത്മാണേന്ദ്രിദ്രവ്യഗുണസ്വഭാവ കാലു സത്യമൃതു ധർമ്മ ത്യ്യക്ഷരം യത്രമൃദാ മനത്തി സദാശിവനെ സ്തുതിച്ചു ഹേ പ്രഭു പരമേശ്വര ഈ വിഷത്തിൽ നിന്ന് രക്ഷിക്കണം ഭഗവാൻ ദേവിയോട് ചോദിച്ചു എന്താ വേണ്ട ഈശ്വരന്റെ മഹിമ അറിയുന്നത് കൊണ്ട് ഭഗവാന്റെ കരുണാശക്തിയാണ് ദേവി അംബിക പറഞ്ഞു അവിടുന്നല്ലാതെ വേറെ ആരാ രക്ഷിക്കേണ്ടത് ലോകത്തിനെ രക്ഷിക്കണം ഈ വിഷത്തിനെ കയ്യിലെടുക്കാം ക്ഷേണക്കഥം വാത്വയാദൃഷ്ട ം കരേധൃതംപക്വജംബൂഫലം ജിഹ്വായാം നിഹിതശ്ച സിദ്ധകുടികം കണ്ഠദേശേ മൃതഹിം തേ നീലമണിർവിഭൂഷണമയം ശംഭോ മഹാത്മൻപ ആ വശത്തിനെ കാണാൻ വയ്യാതെ ദേവന്മാരോടി ആചാര്യസ്വാമി ചോദിക്കുക കഥം വാ ദൃഷ്ട എങ്ങനെയാ അവിടുന്ന് കണ്ടത് കരേധൃത കൈ ഇങ്ങനെ എടുത്തു എടുത്തപ്പോ ആ കൈ കുമ്പിള്ളതങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് കണ്ടത് കിംപക്വ ജംബൂഫലം നല്ല പഴുത്ത ഞാവൽ പഴവാണോ എന്നാണ് ആ വിഷം കയ്യിൽ വെച്ചിരിക്കുമ്പോ കിംപക്വ ജംബൂഫലം ജിഹ്വാം നിഹിതശ്ശ വായിലേക്ക് അങ്ങോട്ട് വിട്ടപ്പോ സിദ്ധഗുടികാവ ഏതോ സിദ്ധന്മാർ ചില ടാബ്ലറ്റൊക്കെ കഴിക്കും അതുപോലെ ഈ സിദ്ധന്മാര് കഴിക്കണമല്ല ഗുടിക സിദ്ധ ഗുടികാവ കണ്ഠദേശേത കണ്ഠത്തിൽ നിർത്തി കിം തേ വിഭൂഷണമയം എന്തോ ഒരു നീലരത്നം ശംഭോ മഹാത്മൻവത് അങ്ങനെ ഭഗവാൻ താഗരാജൻ എന്ന് പേര് വരാൻ കാരണം അതാണ് രോഗസാമഗ്രികളെയൊക്കെ വിട്ട് ജഗത്തിന് ഹിതം ചെയ്യാനായി ആ പരമോപകാരം ചേച്ചു നാളം വരമോപകാരകു ഏകം പശൂനം പത്തെ പശ്യൻ കുക്ഷിഗതാ ചരാചരഗണാൻ ബാഹ്യസ്ഥിതാൻ രക്ഷിത്ത സർവാമർ പലൌഷധമതിജ്വാലാകരം ഭീകരം നിക്ഷിപ്തം ഗരളം ഗളേന ഗളിതം നോദ്ഗീർണമേ വിഷം ഉള്ളിലേക്ക് വിട്ടാൽ ഉള്ളിലുള്ള ലോകങ്ങളൊപ്പം ആപത്ത് പുറത്തുവിട്ടാൽ പുറത്ത് ആപത്ത് ചില അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ് പുറത്ത് പറയാൻ ഉള്ളില്ല തന്റെ ഉള്ളിലും എടുക്കാൻ പാടില്ല ഉള്ളിലെടുത്താൽ തന്നെ മനസ്സിനെ ബാധിക്കും പുറത്തു പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപദ്രവം കണ്ഠത്തിൽ നിർത്തിക്കൊള്ളണം കണ്ഠേ നിയച്ചത് ഒരു കുടുംബനാഥനായ ആൾക്ക് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരും പുറത്തു പറഞ്ഞാൽ ദൂഷ്യം തന്റെ മനസ്സിലെടുത്താൽ തനിക്ക് ആരോഗ്യത്തിനും മനസ്സിനും വിഷമം അതുകൊണ്ട് തന്റെ ഉള്ളിലും എടുക്കാൻ പാടില്ല പുറത്തും വിടാൻ പാടില്ല കണ്ഠത്തിൽ നിർത്തണം അത്ര ശിവൻ ആ വിഷം കണ്ഠത്തോടെ നിർത്തി അത് കഴിഞ്ഞ് വീണ്ടും മഥനം തുടങ്ങി അപ്പോൾ ഓരോന്നായിട്ട് പൊന്തി കുതിര ആന ചന്ദ്രൻ സോമരസം ഔഷധങ്ങൾ അപ്സരസ്ത്രീകള് പലതും അങ്ങോട്ട് പൊന്തി ഇതൊക്കെ ദേവന്മാരെ അസുരന്മാരെ ആട് വീതം ഓരോ ലോറി കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം കയറ്റണം ദേവലോകത്തിലേക്കും അസുരലോകത്തിലേക്കും പോകും മഹാലക്ഷ്മി വന്നു ലക്ഷ്മി എല്ലാരെയും നോക്കി സമ്പൂർണനായ ഒരാളെ വരണമാലി നാരായണന്റെ കഴുത്തിൽ വരണമാലി അങ്ങനെ ലക്ഷ്മി സ്വയംവരം അതും കഴിഞ്ഞപ്പോ അമൃതാപൂർണകലശം വലയഭൂഷിതാം സവൈ ഭഗവത സാക്ഷാത് വിഷ്ണുഹോ അംശാംശ സംഭവ ധന്വന്തരിധിഖ്യാതഹ ആയുർവേദിജാ ആയുർവേദ ദ്രഷ്ടാവായ ധന്വന്തരി മൂർത്തി കയ്യിൽ അമൃതകലശവുമായി സമുദ്രത്തിൽ നിന്ന് പുറത്തു വന്നു ഉടനെ അസുരന്മാരും ദേവന്മാരും ഒക്കെ വളഞ്ഞു പക്ഷെ ദേവന്മാരും എവിടെ പോവാം തിരക്കുക അല്ലെ നമുക്ക് ആരോഗ്യം പോരെങ്കിൽ രണ്ടാമത്തെ പന്തിയെ ഉള്ളു അപ്പൊ ചിലപ്പോൾ പായസം കിട്ടില്ല ചിലപ്പോ അതിലൊന്നും ഉണ്ടാവില്ല നിർത്തിയില്ല ദേവന്മാർ പാവുമ്പോ ആരോഗ്യമില്ല ബാക്കിൽ നിൽക്കുകയാണ് അങ്ങനെ ആരോഗ്യമുള്ളവരൊക്കെ മുമ്പ് കയറി വട്ടത്തിൽ നിന്നു ചിലപ്പോ പ്രസാദം കൊണ്ടുവരുമ്പ അങ്ങനെയാണ് പ്രസാദമൊക്കെ കൊണ്ടുവരും കൊറേ ആളുകൾ വളയും നമ്മള് തിരക്ക് എന്ന് പറഞ്ഞ് സാത്വികമായിട്ട് പിന്നാലെ നിന്നു പിന്നാലെ നിന്ന് കുറച്ചുനേരം കഴിയുമ്പോൾ ബാത്രൂം കാണില്ല കൊണ്ടുവന്ന ആളെയും കാണില്ല ഒന്നും കാണലേ എല്ലാം പോയി ഇതിപ്പോ ദേവന്മാരിപ്പൊ സാത്വികമായിട്ട് നിന്നതൊന്നുമല്ല അത് നല്ല കൊഴു മുഴുന്നുണ്ട് ഓരോന്നാണ് ഇതിപ്പോ നടക്കാനേ ശക്തിയില്ല ക്യൂയിലൊക്കെ നിന്ന് അറിയാം നിങ്ങൾക്ക് അമ്പലത്തില് ചിലരുടെ ഇടി കൊണ്ടാല് സപ്തനാടികളും നടരും അപ്പൊ ദേവന്മാരെ ഭംഗിയായിട്ട് പുറകെ നിന്നതാണോ കുറച്ച് കഴിഞ്ഞപ്പോ അമൃതവും കലശവും ഒക്കെ കൂടെ പൊക്കിക്കൊണ്ടുപോയി അസുരന്മാരെ അതും കൊണ്ടുപോയി ദേവതകൾ ഇപ്പൊ വിഷമിച്ച് തലയും ചൊർന്ന് കരിഞ്ഞുകൊണ്ട് നിൽക്ക ചെയ്തതൊക്കെ വ്യർത്ഥമായി അസുര അമൃതത്തെ അപഹരിച്ചിട്ട് പോയിട്ട ഭഗവാനത്തെ പാത്ത ആള ഭഗവാൻ നീ ഏമാനിയല്ലയോ നാപ്പി അവനക്ക് ഏമാലാ സതേ സാഠ്യം സമാചരത് ഇവ ഇന്ന് അമൃത കലശത്തെ എടുത്തിട്ട് പോരാ എങ്കോ അപ്പൊ പോയി പോര വഴിയിൽ ഓടത്തിൽ ഓക്കാറുണ്ട് ചണ്ടപോട്ട് ആരംഭിച്ചിട്ടോ എനക്ക് മുതലോ അവനക്ക് മുതല അമൃതം കൊണ്ടുപോയി എന്നല്ലാതെ കഴിക്കാനുള്ളതും ഒരു യോഗമാണല്ലോ അത് ബഹളമായി ആ സമയത്താണ് ഒരു ശബ്ദം പാദശരത്തിന്റെ ശബ്ദം ഓരോരുത്തരായി തിരിഞ്ഞു നോക്കി ആരാടാ നോക്കിട്ട് വരുമെന്ന് പറഞ്ഞു ഒരു അസുരൻ അപ്പൊ അയാള് പറഞ്ഞു ഞാൻ പോകുമ്പോഴേക്കും ഇതിൽ കൈ വെക്കരുത് അമൃതപാത്രത്തിൽ നീ പോ നീ പോ ശരി ഒരാള് പോയി പുറത്ത് എത്തി നോക്കിയപ്പോ അയാൾ അവിടെ തല പുറത്തേക്കേ എടുക്കണില്ല നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്താണോ ആവശ്യം ഒന്നുമില്ല അപ്പൊ അയാൾ എന്തോ നോക്കണു ഒരാൾ അമൃത കലശത്തിനെ പുറകെ പോയി അയാളും തലയിട്ടു അയാളും തിരിച്ച് നിങ്ങൾ നോക്കണില്ല അമൃതത്തിന് മറന്നു പോയവര് പോയവര് പോയി അവിടെ പോയി നിന്നും നോക്കുന്നു ഭഗവാൻ സർവപേരെയും ആകർഷിക്കുന്ന മോഹിനി രൂപത്തിൽ വന്നിരിക്കുകയാണ് ഇവര് അമൃതമൊക്കെ മറന്നു പുറകെ നടന്നു വെച്ചു സുന്ദരി നീ ആരാണ് ഭഗവാൻ തിരിഞ്ഞു നോക്കി നിങ്ങളാരാ ഞങ്ങളോ കശ്യപായ കശ്യപ പ്രജാപതിന്റെ മക്കളെ സ്വാധ്യായ സ്വുതസമ്പന്ന നല്ലവണ്ണം പഠിച്ചവരാണ് നല്ല പഠിപ്പും അറിവുമൊക്കെ ഉള്ളവരാണ് പ്രഖ്യാത ജന്മകർമ്മിഹി വലിയ കുലം ഞങ്ങളുടെ ഞങ്ങളുടെ കർമ്മമൊക്കെ ലോകത്തിലെല്ലാവർക്കും അറിയാം ഞങ്ങളുടെ സ്റ്റാറ്റസ് പൊസിഷൻ എവിടെ ചോദിച്ചാലോ അറിയാം എന്നൊക്കെ പറഞ്ഞ് കുറകുകൂടി ഞങ്ങൾക്ക് നീ തന്നെ അമൃതം വേദിച്ചു തരണം ഭഗവാൻ പറഞ്ഞു അയ്യേ കശ്യപ്രജാപതിയുടെ മക്കളായി നിങ്ങളെ എന്നെ വിശ്വസിക്കണമല്ലോ ഞാനൊരു പുൻശലി ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് എന്നാൽ ശരി എന്നാൽ വരിയായിട്ടിരിക്കും പക്ഷേ ഞാൻ പറയുന്ന പോലെ ദേവന്മാർക്കും കൊടുക്കണം എന്നായി ദേവന്മാരെ ഒരു വശത്തിരുത്തി അസുരന്മാരെ ഒരു വശത്തിരുത്തി ഭഗവാൻ അമൃത കുംഭം പിടിച്ചു സുദർശന ചക്രം ഉണ്ടല്ലോ സുദർശന ചക്രം തന്നെയാണ് കയ്യിൽ സ്പൂൺ അത് സ്പൂണായിട്ട് മാറി അമൃതം എടുക്കും ഈ വശത്ത് അസുരന്മാരാണെങ്കിൽ ഈ ദേഹത്തിന് നോക്കി ഇങ്ങനെ ഒന്ന് ചിരിക്കും ചിരിച്ച ഉടനെ ലോകമേ മറന്നുപോയി കുറച്ചു നേരത്തേക്ക് അങ്ങനെ ഒരു സമാധിസ്ഥിതിയാണ് ഈ അമൃതം അങ്ങനെ എടുത്തിട്ട് ഇവിടെ അങ്ങനെ ഒഴിക്കും ഒഴിച്ചു കഴിഞ്ഞിട്ട് കാലിയായ ആ ഇങ്ങനെ കാണിച്ചാൽ ഇവനെടുത്തു കാണിക്ക അവന് അമൃതം കിട്ടിയെന്നാണോ ഭാവം ഇതിങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇതിന്റെ ഇടയിൽ അവിടെ ഇരിക്കണോറിൻ ഇവിടെ വന്നിരുന്നു പന്തി മാറിയിരിക്കുക എന്നൊരു സമ്പ്രദായം പന്തി മാറി ഇങ്ങനെ എന്നാ ഇരുന്നാ ആരും കാണാത്ത സ്ഥലത്തിരിക്കണം എന്നാ കുഴപ്പമില്ല ആരും കാണാത്ത സ്ഥലത്തിരിക്കുന്നതിന് പേരെ ഒരു കോണിപ്പടിയുടെ ചോട്ടിൽ പോയിരുന്ന അറിയില്ല ഇത് ഒരു വശത്ത് സൂര്യൻ ഒരു രണ്ട് ലൈറ്റിന്റെ നടുവിൽ പോയിരുന്നു ഭഗവാനോ അവിടെ വന്നതോ അമൃതം ഇലയിൽ ഒഴിച്ചു കഴിഞ്ഞു ഇവൻ എടുത്ത് നക്കും കഴിഞ്ഞു അപ്പൊ സൂര്യചന്ദ്രന്മാരുണ്ടല്ലോ അവൻ മറ്റേവൻ ഇവിടെ ഇരിക്കണം ഭഗവാനോട് പറഞ്ഞു കണ്ണുകൊണ്ട് കാണിച്ചു മറ്റേവൻ എവിടെയിരിക്കണമെന്ന് അമൃതം ഉള്ളിൽ പോയി ഭഗവാൻ കയ്യിലിരിക്കുന്ന സ്പൂണ് തന്നെ സുദർശന ചക്രം കഴുത്തിൽ വരുവോ പെട്ടു പൊന്തി പൊന്തു സൂര്യനൊരു നോട്ടം ചന്ദ്രനൊരു നോട്ടം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് സൂര്യൻ അതാണ് രാഹു അപ്പൊ സൂര്യനെയും ചന്ദ്രനെയും അപഹരിക്കാനായിട്ട് വരികയാണ് ഗ്രഹം രാഹുഗ്രസ്ത ദു സദൃശ അങ്ങനെ അമൃതത്തിനെ തിരിച്ചെടുത്തു കൊടുത്തു ഭഗവാൻ ഇത് കഥ ഇത് മുഴുവൻ യോഗസാധനയാണ് മഥനം എന്ന് വെച്ചാൽ യോഗമാണ് യോഗാഭ്യാസമാണ് ശിവാനന്ദലഹരിയിൽ ഈ സമുദ്രമഥനത്തിന് മുഴുവൻ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആംനാബുദിമാതരേണ സുമനസ്സംഘാഹം സമുദ്യം മനോമന്ധാനം ദൃഢഭക്തിരജ്ജു സഹിതം കൃത് മതിവാ തഥ സോമം കൽപ്പതരും സുപർവ സുരഭിം ചിന്താമണിം ധീമതാം നിത്യാനന്ദ സുധാം നിരന്തര രമാസൗഭാഗ്യമാതന്വത്തെ ആംനായമാവുന്ന സമുദ്രത്തിനെ കടയുന്നു എന്ന് വേദാന്തപരമായിട്ട് പറഞ്ഞു ഉപനിഷത്താവുന്ന സമുദ്രത്തിനെയാണ് കടഞ്ഞത് യോഗസാധനയിൽ ഒരു മഥനം നടക്കും നാഡീമനം അനുഭൂതിയുടെ മുഴുവൻ സെന്റർ നമ്മളുടെ സകല അനുഭവത്തിനും ഒരു കേന്ദ്രമുണ്ട് നമ്മൾക്ക് എല്ലാ അനുഭവവും ഏത് കേന്ദ്രത്തിലാണ് ഉണ്ടാവുന്നത് സംശയം എന്താ ഞാൻ എന്നുള്ള കേന്ദ്രത്തിൽ എനിക്കാണ് എല്ലാ അനുഭവവും കുടുംബ കാര്യങ്ങളും ആ കേന്ദ്രസ്ഥാനത്തിലുള്ള അഹങ്കാര വൃത്തി തന്നെയാണ് ഇവിടെ പർവ്വതം ഇത് സെന്റർ കടയിൽ അതിനെ പിടിച്ച് അതില് അനേക ശിരസ് ഉള്ള ഒരു പാമ്പ് അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് സത്വരജസ്തമോ ഗുണങ്ങളോടുകൂടിയുള്ള മനസ്സ് അതിട്ട് ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും രണ്ടു വശത്ത് നിന്ന് കടയാണ് ഭഗവാന്റെ സഹായത്തോടുകൂടെ എന്നുവെച്ചാൽ ആശ്രയം അവിടെയാണ് മാവാശ്രിത്യന്ത് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടാണ് യത്നം ഈ യോഗസാധന അങ്ങനെ സാധന ആരംഭിക്കുമ്പോ ആരംഭത്തിൽ തന്നെ ഒന്നും ആത്മാനുഭവം ഉണ്ടാവില്ല ആദ്യത്തെ തടസ്സം അഹങ്കാരം വഴങ്ങി തരാതെ കെട്ടി അടിയിലടിയിൽ പോകും പിടി പോകും അഹങ്കാരം വഴങ്ങി നമ്മൾക്ക് പിടി ആത്മവിചാരത്തിനു വഴങ്ങി പോകും അങ്ങനെ പോവാൻ കാരണം എന്താ ഇന്ദ്രിയ നിഗ്രഹം ഇല്ല ഇന്ദ്രിയ നിഗ്രഹം ഇന്ദ്രിയങ്ങളിലൂടെ പോകുമ്പോ സത്വഗുണം ഉണ്ടാവണില്ല സത്വഗുണം ഇല്ലാതാവുമ്പോ ജ്ഞാനത്തിന് പക്വതയില്ല സൂക്ഷ്മബുദ്ധി ഉണ്ടാവില്ല രജസ്തമസുകൾ കൊണ്ട് ബാധിച്ച് മനസ്സ് ജഡമായിട്ട് നിൽക്കും അപ്പൊ എന്ത് വേണം സത്വഗുണത്തിനെ വളർത്തി ഇന്ദ്രിയ ഉണ്ടാക്കണം ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ ആമ എന്തെങ്കിലും ബാഹ്യ വിഷയങ്ങൾ തലയും കാലും കയ്യും ഒക്കെ ഉള്ളിലേക്ക് വലിക്കും ആമ അതുപോലെ പുറമേ നിന്നും വിഷയങ്ങളുടെ ആക്രമണം വരുമ്പോൾ ഇന്ദ്രിയങ്ങളെയൊക്കെ അന്തർമുഖമായി വലിക്കുന്നു കൂർമോ അങ്കാനീവ സർവശ എന്ന് ഭഗവാൻ ഗീതയിൽ കൂർമ്മത്തിനെ ഉദാഹരണമായിട്ട് പറയണം അംഗങ്ങളെയൊക്കെ അന്തർമുഖമാക്കുന്നതാണ് ആമ അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യുന്നതിന് പ്രതീകമാണ് ഈ അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇത് അനങ്ങാത യോഗസാധനയിൽ ഒരു നിഷ്ഠ ഗ്രൗണ്ട് അലബ്ധ ഭൂമികാത്വം എന്ന് യോഗികൾ പറയും ഭൂമിക കിട്ടുന്നുണ്ട് ആ ഭൂമിക കിട്ടും ഭൂമിക്ക കിട്ടിക്കഴിഞ്ഞാല് അടുത്ത പടി ഈ മഥനം തുടങ്ങി മഥനം തുടങ്ങുമ്പോ ഉള്ളിലുള്ള ദുർവാസനകളൊക്കെ പൊന്തും അതാണ് ഈ വിഷം പലർക്കും ഞങ്ങൾ ധ്യാനം ചെയ്യണതിന് മുമ്പൊക്കെ നന്നായിരുന്നു ഇപ്പൊ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പൊ അപകടം പിടിച്ചത് വേണ്ടാത്തതൊക്കെ തോന്നുന്നു ഉള്ളിലാണ് ഇത്ര ചിന്തിക്കാത്ത വിഷയങ്ങളൊക്കെ ചിന്തയിൽ വരുന്നു പലതും ഭയങ്കരമായി പൊന്തി അങ്ങനെ വരുമ്പോൾ എന്താ ആരെയാ ശരണാഗതി അങ്ങനെ ഒരു വരുമ്പോൾ ചിലപ്പോൾ സാധകന്മാർ പേടിച്ചു പോകും സദ്ഗുരുവിന് ശരണാഗതി അത് മുഴുവൻ ഗുരു കന്നിലേക്ക് എടുക്കും പക്ഷെ ഗുരുവിനും അത് ബാധിക്കുന്നുണ്ട് കണ്ഠത്തില് ശിവന് നീലനിറത്തിൽ നിന്നു രാമകൃഷ്ണ പരമംസർക്ക് ക്യാൻസർ വന്നില്ലേ കണ്ഠത്തില് രമണ മഹർഷിക്ക് കയ്യിൽ വന്നില്ലേ ഇതൊക്കെ ശിഷ്യന്മാരും ഭക്തന്മാരും കൊണ്ട് തള്ളണതാണ് അത് കഴിഞ്ഞ് കട കടഞ്ഞ് മഥനം ചെയ്ത് തുടങ്ങുമ്പോ അനേകവിധ ആകർഷക വസ്തുക്കൾ കുതിര ആന ചന്ദ്രൻ ഔഷധങ്ങൾ എല്ലാം അതായത് യോഗ സാധനയിൽ മുന്നേറും തോറും ആഗ്രഹങ്ങളൊക്കെ നടക്കും കൽപ്പക വൃക്ഷം ആഗ്രഹമൊക്കെ നടത്തുന്നതും വൃക്ഷമാണല്ലോ ആഗ്രഹങ്ങളൊക്കെ നടക്കും ചിലർക്ക് കുറച്ചു കുറച്ച് ചിത്തശുദ്ധി വരുമ്പോ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുന്നതായിട്ട് കാണും അതിലും വീണു പോകരുതെന്നാണ് ആഗ്രഹിക്കാതിരിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമ്പോ അതൊരു ട്രാപ്പാണ് അതിൽ വീണു പോവും പല വസ്തുക്കളും കിട്ടും കുതിരയും ആനയും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും കുതിരയ ആന എന്ന് വെച്ചാൽ വാഹനങ്ങൾ വാഹനങ്ങളൊക്കെ വേണമെങ്കിൽ കിട്ടും ഒക്കെ മുമ്പിൽ വന്ന് നിൽക്കും ഗൃഹസ്ഥനെ പോലെ സന്യാസിമാർക്ക് ബുദ്ധിമുട്ടില്ലേ ആഗ്രഹിച്ച ആരെങ്കിലും സ്വാമിക്ക് ഒരു കാറ് വെച്ച് നമസ്കരിക്കും എന്ത് വേണമെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കും പക്ഷെ അതിലൊന്നും വീണു പോവാതിരിക്കുകയാണെങ്കിൽ അവസാനം വരുന്ന ഒരു ആകർഷണമാണ് ലക്ഷ്മി ലക്ഷ്മി എന്ന് അഷ്ടലക്ഷ്മി അഷ്ടസിദ്ധിയാണ് ഐശ്വര്യം ഭഗവാനോട് ഒട്ടി നിൽക്കുന്ന ഈശ്വരത്വമാണത് അത് വരും അതിനെയും തന്നോട് എടുക്കരുത് അതും ഭഗവാന്റെ കഴുത്തിലേക്ക് തന്നെ അർപ്പിക്കാം അങ്ങനെ ഭഗവാന് തന്നെ കൊടുത്തു കഴിയുമ്പോൾ അവസാനം അമൃതം പൊന്ത്തും ആ അമൃതം ആത്മസാക്ഷാത്കാരമാണ് ചിലപ്പോ അല്പം ദുർവാസന ബാക്കിയുണ്ടെങ്കിൽ അമൃതം പൊന്തിയിട്ട് പോലും ആ ദുർവാസന അതിനെ ഉപയോഗിക്കാം എനിക്കത് ഉണ്ടായി എന്നുള്ള മട്ടിൽ ചിലപ്പോൾ ഉപയോഗിക്കാം അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ സദാ ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടുവേണം ഈ യോഗസാധന ചെയ്യാൻ അപ്പൊ ഭഗവാന്റെ ചുമതലയാവും നമുക്ക് പ്രകൃതിയാണല്ലോ ഈ മോഹിനി പ്രകൃതി നമുക്ക് വിദ്യാമായ അവിദ്യമായ ഒരു പക്ഷേ നമ്മളുടെ ജ്ഞാനത്തിനെ അല്പം ഒന്ന് ഉപദ്രവിച്ചാലും ഈ വിദ്യാമായ അതിനെ സഹായിക്കാനായിട്ടും വീണ്ടെടുത്തു തരാനായിട്ടും നമ്മുടെ പുറകെ ഈ ജ്ഞാനമാണ് മോഹിനി ജ്ഞാനരൂപിണിയായിട്ടുള്ള വിദ്യാമായ കൂടെ നിന്ന് അവിദ്യമായിയിൽ നിന്നും വീണ്ടും ഈ ജ്ഞാനത്തിനെ സംരക്ഷിച്ച് ദൈവീസമ്പത്തിന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് നിൽക്കും തയ്യാറാവും എന്നാലേ ഈ ജീവന് ബ്രഹ്മനിഷ്ഠ ജീവൻ എന്നുള്ളത് പൂർണ്ണമാവുള്ളൂ അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടായിട്ട് പോലും ചിലപ്പോൾ ചില അസുരന്മാരൊക്കെ ജ്ഞാനികളാണ് ഭാഗവതത്തിൽ നമുക്ക് കാണാം അവരൊക്കെ ജ്ഞാനികളാണ് പക്ഷേ ആസുരീ സമ്പത്തിൻ്റെ കയ്യിൽ നിൽക്കുന്നു ജ്ഞാനം അല്പൽപം അസുരവാസന അതിൻ്റെ കൂടെ കലർന്നു വരുന്നു ആ അസുരവാസനയും കലർന്നു വരാതെ ദൈവീ സമ്പത്തോടുകൂടെ സർവത്തോ ഭദ്രമായിട്ട് ജ്ഞാനം തീരണമെങ്കിൽ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടുവേണം ആ സാധന ചെയ്യാൻ അങ്ങനെയുള്ള സാധനയാണിവിടെ അമൃതമഥനമായിട്ട് പറഞ്ഞത് അടുത്തത് മനാവ പ്രാദുർഭാവം വാമനപ്രാദുർഭാവം വാമനാവതാരമാണ് നമുക്ക് കുറച്ച് അധ്യായം പോട്ടെ സർവത്ര ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ